സഹായിപ്പിക്കാറുള്ള കപാൽ ചോദിക്കെയും വിട്ടിട്ട് സബോർ ചെയ്ത സ്ഥാനത്തായി അവിടെ ശരിക്കു പറഞ്ഞ ആന്റനാഥാണ് ഇവർ ചോദിക്കുന്നത് അമർ എന്ന് പറഞ്ഞാൽ അമർ അമിയോട് സയ്ദിനെ അമർത്തിയുള്ള പത്താമിയാണല്ലോ അതിനെ അമർത്തിനാൻ പിൻപറ്റുന്നത് തങ്ങളെയിപ്പിച്ചിട്ടുണ്ട് തങ്ങളിച്ചിട്ടുണ്ട് وقر قال عليه السلام صدر بالذيل من مرادي ابي بكر رماركيك શેષമന്തൻ എന്നിടത്തക്കവങ്ങി ബിമ്പട്രോ എന്ന് പറഞ്ഞു കൊണ്ട് പരിക്താബും ഹിമ്മം തിസാലോ ലിയം ബിഹയ അലി സലാത്തു വസലാം അതുകൊണ്ട് ഉമർ റഹിമുള്ളാഹ ബിമ്പറ്റൻ താങ്കിൾ തെശിക്കരേണ്ടേ وفيها مطوريريم ذم الجاثيل الذي لبسا وفيها ذم الجاثيل الذي لبسا لي عمر رضي الله عنه ജമ്മാക്കൻ അല്ലെങ്കിൽ മനസ്സ് ചിന്തിച്ചത് ഇപ്പോ ചൂടലുണ്ടല്ല അല്ലതീ അങ്ങത്തെ ജമുഖാത്തനാണ് ലബസ ഈ മുറത്ത ഹാത്തിനെ ധരിച്ചിട്ടുണ്ട് അജനി ആ ജമുഖാത്ത വേണ്ടി മനസ്സിലാക്കു കാത്തിനെ മുറത്താക്കും വൈനെ കത്തിക്കൈ തരാതാശൻ മൂപ്പറത്തു മുറക്കാക്കൻ കഴിഞ്ഞു പോലും അദ്ദേഹത്തിന് പതിമൂന്ന് കഷ്ടങ്ങളും അതിലിപ്പോ തോന്നു തോല പതിമൂന്ന് വർഷം തുന്നിക്കൂട്ടിയിട്ടുണ്ട് പൊലമ്മ അപ്പം ജമ്മു ഖാത്ത കിട്ടിയോന്നി പറയുന്നു പതിമൂന്ന് വർഷം തുന്നി കൂട്ടിയ ഒരു കുപ്പായ എന്തായിരുന്നു പൊലമ്മ തൊഴായോ മുപ്പത്തി പേരിൽ മുപ്പതൊക്കെ പത്ത് ഹായാന്ന് എന്താക്കി അത് ഏറ്റുവാൻ നിങ്ങൾ പോയിട്ടാള് അത് വേണ്ട ദൈവത്തൊന്നും ദുരവസ്ഥ ധരിക്കണെന്ന് തോന്നിച്ചു വല അവസ കയറാ ധരിച്ചു ധരിച്ചപ്പോൾ കാണും നമുക്ക് എന്റെ ലഫ്റ്റിന് എനിക്ക് ഇതാ കറിയാണ് കണ്ടെ കളന്നു ഇപ്പൊ മനസ്സിലുണ്ട് പുതിയ എന്തൊരു ആലോന്നിട്ടുണ്ട് അപ്പൊ ഹാസരി ശരിയാല്ലേ തന്നെ മടങ്ങി അവരെ അമ്മറങ്ങിയുള്ള ലബസ് മുടക്കറിയ അമ്മ ഇറങ്ങിയുള്ള കണ്ടം വച്ചനെ ധരിക്കും എന്തിനാ ഇല്ലായ്മ കൊണ്ടാണോ അല്ല തവാകോന് വേണ്ടീട്ടാണോ كان اختياراً منه وتواضعاً هذا اختياراً تواضعاً جمدية تنبيعاً إلاهي ما إلاهي اللع. لولا وليس باتاً مغورتون لله فقد كانت الأموان خاصة به قبل الخلافة ومعدها خلافة لممو الشيس ومفرق صندرت وطباراً بايدن هذا اختياراً وليس باتاً وبالله التوفيه قال الشيخ الزروك رضي الله عنه ورأينا طائدتاً يَمْرِيهِ رِزْقُهُ وَتَعَالَى وَرِضِيَ اللَّهُ عَلَيْهِ أَصْرَمَ نِعْمَةِ اللَّهِ بِسِيمَانِ عَلَى وَجْهِهِ مُبَاحِنٌ اللَّهُ سُبْحَانَهُ وَتَعَالَى قُرْتِ بِشَارِبَةِ دُنْيَابِ إِلْنَ عَلَى مباحن. مباحن بالحق وحقين وحقين وحقين اللَّهُ نِعْمَتِهِ أَصْرَمَ بَرَكَةِ اللَّهِ لَهُ وَنَاحِشَمَانُ أَدَيْنَ ഉപയോഗിക്കണം بِسِيمَانِ عَلَى وَجْهِهِ مُبَاحِنٌ مُبَاحَ عَلِي فِي দে পরিমারাম করুন لا إِلَٰهَ إِلَّا الْحَقِّ وَلَا بُلْحِقَتِي حَقِّنَ حَقِقَتِنَ وَدِي රছতরতামা ഹും രണ്ടിനും അടുത്ത് കിട്ടാൻ പാടില്ല അവന്റെ ജിൻസ് ധരിക്കുന്ന ഹസൻ അലിബാസനെ ധരിക്കൽ ആ ബാല തസ്വീറാണ് ഇദ്ഹാൻ തസ്വീറാണ് ഇഹ്ലാലല്ല അതല്ലു ബല ബിഹീഖിന്നല്ലേ പോവാൽ منفئة كيان لكم آئي خلالي نجوبة يوارو منفئة كيان منفئة كم تولاك منفئة كيان آئي خلالي يهدبو علي أحسن لباسا لديك ليرين دل. حزيري أول الله أفا إضحارا ميرمدين الله يخيل لنا أفا نفيكا إخلالي ورطا ديك لديك لديك ليرين أحسن لباسا لديك لسهي أو وستهي كل مددنا لك الله لديكا മു വാറ് തയ്യാറാക്കി വെക്കണം അതൊന്നാ യുദ്ധം കൈമുതലാക്കി വെക്കുക നിബാസിന്റെ അസുരം അതാക്കി വെക്കുക സമാധാന എന്നിട്ടോ ആ അതിനെ തൊട്ട് മുറക്കാക്കനിയാന്നോസരത്തെന്താ അയച്ചു മാറ്റിയിട്ട് അച്ഛനൊക്കെ ഇരിക്കുക രണ്ടും മാറി മാറിയിരിക്കന്നെ വയ്യല്ല അങ്ങനെയല്ല വയ്യൽ മറിയോ മുറക്കാട്ടായികളും മറിയാണ്ട് ജുമാ ബോലോത്തും മറത്താതിരിക്കുന്ന വസ്ത്രം അതിലേക്ക് മടങ്ങ് അസിൽ മർജിം അത് തന്നെ കഥ അഷാർ അലിനാഷിഫ് അബ്ദുൽ അബ്ബാസ് അഹമ്മദ്ബിനു അബ്ദുൽ അബ്ദുൽ ജസീരി സുമദ് സവാബി റബി ഉള്ളു അത്ര കാലം ഇഷാർ ബാക്കി മറത്താക്കും പോണം നല്ല വസ്ത്രവും പോണം ഓരോ മോദാവിന്റെ ആവശ്യം പോലെ ഉപയോഗം ഇനി അഖില പറഞ്ഞിട്ടുള്ളൂ അല്ലേ എത്ര അളവ് അതിന് പിന്നേണ്ട രീതി എങ്ങനെ ആതാപല്ലേ ആതാപ് തഹസീലപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ തഹസീലാക്കല്ലാതാവുണ്ടാവുമല്ലോ കുറിച്ച് വെച്ചിട്ടാവൊണ്ടെങ്കിൽ തട്ടിട്ടാവുണ്ടെന്ന് ചോദിച്ചിട്ടാവൊണ്ട് എന്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പം അമല ഫീ ബാഗിനി അത് കിട്ടിയതിന് ശേഷമുള്ള അമല നിർത്തിയാണ് പ്രൊസൈറ്റി ഇതെല്ലാം അമല ഫീ ചെറുമാവുമെന്നാ ഉള്ളത് അല്ലേ അതിൽ നിന്ന് ബാക്കി വന്നിട്ട് ബോംബെ കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ ചിലവാക്കൽ നമ്മൾ ആവശ്യം കേട്ടിട്ട് ബാക്കി വരുന്നത് അതെങ്ങനെ ആരി അതാരിലേക്ക് തിരിക്കലാണ് ഏറ്റവും നല്ലത് അതുപോലെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യവും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് വിഷയം <Okay>. ോ അല്ല വും പുക തിന്നലാകുന്നത് തീ തറുപ്പുഹോത്തു അതൊഴിവാത്തിൽ മസുറുത്താന്ന് തിന്നോണ്ടത്തിൽ പുറപ്പെട്ടിട്ടില്ല ആവശ്യം വന്ന തിന്നാന്ന് മാത്രം തിന്നലൊരു പ്രത്യേക പൂട്ടിയല്ല ായ രൂപയെങ്കിൽ തിന്നാണ്ട് കുളിക്കൂല വിശപ്പ് വന്നിട്ട് ബാക്കി പണിയിൽ നടക്കാൻ കഴിഞ്ഞു സുഖനായി പോയു ഇനി ചോദ്യാ മനസ്സുമായി എന്നതും അതെത്ര കഥമായ ഹോ ഓ കര് മാത്രം എന്നുവെച്ചാൽ അവനവന്റെ അത്യാവശ്യത്തിന്റെ പതിറുണ്ടല്ലോ അത് മാത്രം അപ്പോ തിന്നണ്ട സമയം ആ അവസ്ഥയും പറഞ്ഞു കതിറും പറഞ്ഞു വണിപ്പം നീച്ചതാറും മറ്റൊക്കെ ഉണ്ടെങ്കിൽ പാചകം തിന്നിട്ടല്ലേ ദിവസം അറിഞ്ഞില്ല വൈല്ല ും പറക്കു ഇൻ ജംഗ്ലി ആവുലാൽ അന്ന വീറോ അൽ അക്കി എന്ന് പറഞ്ഞില്ലേ ആ പിന്നീട് അങ്ങോട്ടാണ് തരീക്കൽ ടോമിലേക്കാണ് മടങ്ങുന്നത് അപ്പോ അൽ അഖിരു സുന്ദനാകുന്ന തർക്കൂ മസൂർ തന്നെ കൂടുതൽ ഫിഹി എന്നുള്ള തരീക്കൽ ടോമിന് അതിന്റെ ഉക്കുമാർ പറയും തർക്കൂ മസൂർ ഒട്ടും ഇല്ലാൻ പിന്നെ അപ്പൊ തെരീക്ക് മുതക്കട മന്നത്തോ പ്രയോഗത്തിൽ അതാ പറയുന്നു ഇവിടെ ഇവിടെ പ്രയോഗത്തിൽ മുതക്കളായിട്ടാണ് കാണുന്നു അതാണ് ഒത്തലേക്കും യുതക്കവും വൈന്നത്തോ രണ്ടോ അക്കാലോ ചെറുക്കിയാ എന്ന് പറയും അന്നദക്കിളക്കി തെരീക്കൽ കൌടി തർക്കുഹുവും ഐലാൻഡ് എന്നായിരിക്കല యోనేలి అన్న మన్ కారత హిమ్మతుహు ఫి వతనిహి కానత్ కీమతుహు మయఖ్రుజు మిన్హా ఇన మదతుమ్ అమ్ము మరిటిండు గుర్తంత హిమ్మతాయి వతనింద కార్యతలై ఫి వతనినా నిన్న ఖబరు మన్ కారత హిమ్మతుహు వతంత హిమ్మతాయి ప్రోటోగోల్ సర్వతయే వతనింద కార్యతలై ఇలంద మార్కండిలంద మార్కండిన న తన్నాల్ ఐంద కీమతుంద మయఖ్రుజు మిన్హా నందా పోర్తు నందాయికే హిమ్మతు ఉండు ఇన మదతు కదా قال ذلك اذ قلنا لا يغرنكم الا الاثارن الا يغرنكم الا الاثارن എന്നു പറഞ്ഞു മക്കയുടെ ശറഇഞ്ഞു ഉട്ടു പോണ ഇൽ അസ്തിഹാർ അതെ കദ്രമായ ഹൗതന ബീസാദി സബ്ൽ മാ യസുദ്ദുൽ ഖൽഖാ അൽവർ ആ വെത ബിന്ദാ ആ നഷ്ബീഹാര തണ്ട് ആ അടക്ക മോണ്ട് കദന്ത തരീനി ഫസറ താന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മല അദമ ബിഹാ അൻ ശറൻ ബി بطنه മനുഷ്യന്മാർ അവന്റെ വാചിനെക്കാണ് ശർമ്മ ഒരു പാത്രവും നടത്തിട്ടില്ല നടത്ത പാത്രത്തിൽ അതുകൊണ്ട് ആകമനു കൈമാത്രം യു സുൽബു മനുഷ്യന് മതി അവന്റെ സുൽബിനെത്താൻ ആവശ്യമായ ദുഃഖമാതി അപ്പൊ മതി എന്ന് പറയുമ്പോൾ പോരാ എന്ന് പറയുന്ന ആർക്കും അധികാരമില്ല അപ്പോൾ ആരോഗ്യത്തിന് അവരുടെ നിലനിൽപ്പിന് കുമ്പത്താൽ മുൻ എടുക്കാൻ അത്രേ ഗൂഢു എന്നാണ് ഹരിന തന്നെ പറഞ്ഞത് അത് പോരായെന്ന വാദിക്കുകയാണെങ്കിൽ തങ്ങളെ ഭരണയിൽ എതിർക്കുന്നതിനെ ഞങ്ങളാ സംസ് അപ്പൊ ഇതേതാണ് അസീമത്ത ഇനി റൊക്സൊടുക്കാം ചെറിയുണ്ടല്ലോ എവിടെ അസീമത്ത് റൊക്സി ഉണ്ടാവും അന്താഫാറ്റവരെ കൊണ്ടു കൊടുക്കലാണ് അസീമത്ത് താനേ പറ്റൂ നല്ല എണിക്ക് മുകളിൽ തെറ്റിക്കുമോ എന്ന് പറഞ്ഞു അതേതാണ് റുക്തി ഇതുപോലെ മാസം ചുറ്റൻ ഡൽഹി ഏതാണ് അസീമത്താണ് വൈലാകാല വരാബുദ്ധ ഓക്കെ കുറച്ചും കൂടെ കൂട്ടാലേ പറ്റൂന്ന് തോന്നുന്നുണ്ടോ ില്ല മൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് വായുമായിട്ടാണ് കടക്കട്ടേത് അപ്പൊ മൂന്നിൽ രണ്ട് ഭാഗം നിർത്തലി വരിക എന്താക്കി അത് അതെ ഫുൾ ടൈം ഏതാനും ഇല്ല അതേതാണ് അപ്പൊ ആദ്യം പറഞ്ഞത് തരീക്കത്തിന്റേതായി മറ്റേ ശരീരത്തിലുമായി അതിനപ്പറിച്ചാലോ ആ രണ്ടിനും പുറത്തും പോയി തരീക്കത്തിന്റേതായ അസീമത്തും അടുത്തു ശരീരക്കണമെടുത്ത് കുറച്ച് വൃക്തമനെടുത്തിട്ടുണ്ടാവും അപ്പൊ രണ്ടിന് ബോധമായാലെന്താ രണ്ടിലെല്ലാം ശരീരത്തിലെല്ലാം ശരീരത്തിൽ പിന്നെ പ്രജാപത്തിനുണ്ടാവും അതിലൂട്ടാണ് ഇനി എഫ്ജാതിന്റെ ആദ്യം എത്രയാജാത എത്ര ആവെന്ന് കോർതിരിക്കണ്ടേ എല്ലാവർക്കും അവകാശപ്പെടാല്ല ഇത്താവുന്ന കയ്യിൽ നിന്ന് വെള്ളം കോറി മൂവായിരം കോപ്പേലും കോരി വരിച്ചോടാണ് ആവശ്യത്തിന് എല്ലാ ആവശ്യം തന്നെയാണ് വാദിച്ചാൽ പിന്നെ മറുപടി പറയുകയാണ് മുന്നൂറ്റി പതിമൂന്ന് കോപ്പ വള്ളം കോരി ഇരുന്നതിനോട് ആവശ്യത്തിന് മൊത്തം ചെലവാക്കുന്ന ആവശ്യം തന്നെ ഉള്ളവർക്കുക അപ്പൊ ആവശ്യത്തിന് ഗരുതി എത്തണം ഇതുകൊണ്ട് ഇബ്രിയാജിന്റെ പെരുതി എത്രയാണ് ഹറത്തിയാദിസാം ഈ തഹാമിന്റെ ഹത്തിയാദിന്റെ അത് എത്രയാണ് ഇസാന്ന് അവന്റെ പതിവായി ജയിക്കുന്നവർ ഒട്ട് ഈ സാഹചര്യം ഉണ്ടല്ലോ അതിനെ പൂതിമക്കലാണ് ഇത് അതിനുറ്റോ ആഗ്രഹിക്കുന്ന ഹെത്തിയാജ് അതൊന്നും പോകുന്നില്ല എന്തെങ്കിലും കൊണ്ടാക്കാം അല്ലാതെ പുല്ലാൻ നേരക്കളുടെ പേരിസിന് പൂർത്തിയില്ലായെന്നവരാണ് ഇസുറാറിലോട്ടാതെന്താ വേണ്ട വേറെ മുഴറ്റാതോ എന്തെങ്കിലും മതി മറ്റുള്ള ഇസറാറോ അഞ്ഞത്തിഞ്ഞ പുല്ല പൂപ്പത്തിൽ എന്ത് തൂതിട്ട നേരക്കുള്ള മുഴറ്റാതോ റേർ മുത്താതോ ഒടങ്ങിയതോ പച്ചയോ അപ്പൊ അതിനുള്ളതോ എന്തെങ്കിലും മതി ഈ അയ്യൻ വഴി കാണാൻ അന്ന അവസ്ഥത്തിയാൽ എന്ത് പറയാം ഈസാർ ഒന്നും മതിയാവില്ല അനിയ ജൂക്കെന്താമുണ്ട് പോലെ പെയ്ക്കുന്നത് പെയ്ക്കുന്നത് അത് സാധിക്കായ ജോ സാധിക്കായ ജോ ജൂക്ക് എന്താ ഉണ്ട് അഞ്ച് ആ ഒരു സുമതി ശനപത്തമ്മ ഈ സ്വഭത്തിന്റെ ഒക്കെ വേറൊണ്ടെങ്കിൽ ചെറുപത്ത് കൂട്ടണം പൊട്ടി കണ്ട അതിനു ജാമും തേക്കുന്നുണ്ടെങ്കിൽ അതാ അപ്പൊ കല്ലാം പറഞ്ഞിട്ട് അല്ലാമത്തോ അസദത്തിന് തഹാമിൽ നിന്ന് അസദത്തെടുക്കുന്നെന്താമി താമിത്തി ഭക്ഷണത്തിന്റെ ശരിയായ രുചിയുണ്ടല്ല അത് മായി അങ്ങോട്ടാണ് എനിക്ക് മാറ്റങ്ങളെ അതിന്റെ ഭാര്യ സുന്ദരുന്ന നല്ല രുചിയും മറ്റേന്തിനാകുമ്പോ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ എന്ത് വെച്ചാലും അതെന്താ രുചികരമായി തോന്നും അതിന്റേതായ ശരിയായ രുചി പ്രകടമാകില്ലെങ്കിൽ പക്ഷേ ഇതിന് ആര്യ തോന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം അതുപോലെ വള്ളിത്തിയാട്ടി തസദീർ റഹിരി ശുഭിർമാ വെള്ളം കുടിക്കാൻ ആവശ്യമായി തീരുന്നവർത്തിറങ്ങണമെങ്കിൽ കുടിച്ചുകൊണ്ട് വള്ളം കുടിച്ചിട്ടേ പോകുന്നുള്ളൂ എങ്ങനെ ബി വലിയ ലാവി തോന്നോ വെള്ളം അതിനപ്പുറം പോകൂല എന്ന ഹരി വരിക എന്നാൽ തീരെ വെള്ളം കുടിച്ചുള്ളതല്ല വെള്ളം ഇല്ലെങ്കിൽ അത് പോകുകയില്ല എന്ന ആര്യ തോന്നിട്ടില്ല എന്ന് അതുപോലെ കഴിച്ചിട്ട് ഭാരം തോന്നുന്നു വല്ലാത്തോന്നു പാലഅഷേക്ക് തോക്കിയാണെന്ന് ഇതിന്റെ ഗ്യാപ്ലിറ്റി ബതാ നമുക്ക് അതൊക്കെ ഒരു കഥറമായ അയ്യ കായ പതിപ്പൂട്ടി ശരീരത്തിലുള്ള ശക്തികളെല്ലാം മെറ്റൊന്നും ചെയ്യണം ശരീരത്തിന് ഹിംസാസനീരുന്ന രീതിയിൽ അല്ലെങ്കിൽ അഭി വയനുടിഞ്ഞാൽ പൂവത്തു തസ്ത ത്തു മനുഷ്യൻ അനുവദനീയമല്ല അവരെ നശി വശപ്പിക്കും എത്ര വരെ വന്ന പൂവത്തെ തിരി കശന്ത പൂവത്തെല്ലാം ഊർന്നുപോയി തിക്രത്തിലുള്ള മാറ്റം വരുന്നു ചിന്താഗതിക്കേണ്ട ഒരു ജാതി മാറ്റം اجاد يرسل له تولا غير النور يوسطها العادين بشكل بتولا عاديا مرتلين بتولا انهم بغيضوا كذا ذي الغوسني رمينا اشاره في وقت الصاعي سم من جوهم و من شباهم فربما مخمته السرغ من التقمي انذ ദൂഷ്യങ്ങൾ നീ പൊടിക്കണം ജൂനാലുള്ള ദൂഷ്യം പൊടിക്കാനുണ്ട് ശിബായിനാലുള്ള ദൂശ്യം പൊടിക്കാനുണ്ട് ജൂവൈനാലെന്താ ഇപ്പം പറഞ്ഞില്ലേ ജോയിൻ നക്ഷൻ കുമ്പത്തു ഭിക്രത്തു അതും ചോദിക്കണം വീ ശിബിനാലെന്തായ അമിതമായിട്ടും എല്ലാം കൂടെ വന്നിട്ട് അടിയസ്താവം എന്താ ഞാനെ പെടുന്ന രീതി അതും പറ്റില്ല അപ്പൊ കണ്ടിന്യൂ നടുത്തള്ളതിക്കാളും പറഞ്ഞത് അതും അത്യത്തോണ്ട് അമിതമായി അമൽ ചെയ്ത് ചെയ്ത് ചെയ്തി മറ്റൊരാളുമ്പോൾ ശ്രദ്ധേയമാർന്ന രീതി വന്നാൽ ഒഴിപ്പ് വരും അപ്പം ശിപേ ഒന്നും അങ്ങനെയും വേണ്ട മറ്റേ വാജിപാത്തുകളെല്ലാം ഒഴിവാക്കിയിട്ട് മറ്റേ കസ്ലാനായിട്ട് അറിവന്റെ വാജിപാത്ത കൂടുവല്ലോ അത് നല്ല ജീവായിപ്പോയി രണ്ടിട്ട് മദ്യ നിലക്കളണം അപ്പൊ ഇന്തനാസ് അതന്നാസ് അതെ അതെ അപ്പം ഇന്തനാസി അതന്നാസാക വൈന്ദൻ നസ്തി സർവന്നാസാക വൈന്ദസം നല്ല നല്ല രീതിയിൽ ആരെങ്കിലും ജനങ്ങളെ കൂട്ടത്തിൽ കൂടിയാ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാളെല്ലാം പ്രത്യേകിച്ചൊന്നും ഒരു മസീറ്റും ഇല്ല സീറ്റും വേണ്ട അവർ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ഒരു വെക്കുന്നു ഓരോ തരത്തിൽ ചെയ്യുന്നുള്ളൂടെ പ്രത്യേകം അന്തം ചെയ്യുന്ന ആളാണ് ഞങ്ങൾ വേണ്ട ആടെ കൂട്ടത്തെ കൂടിയാൽ മതി വൈദ്യൻ ശർവാന്നാസമാണ് മഹാമോശം നാളാണ് അമ്മ ഇടത്തിലൊക്കെ എത്ര എത്ര വിശപ്പുകളുണ്ട് இல்லுதுகமனா கான சரரனதுதுகமனா இத்துலவு பதம் வாரமினமான் குறப்பிலந்து வரீதுதுகம் மகமுஸ் அதர வஷப்பு சரபொலி வஷப்புலந்தாதுதுகமனா தர மோசான அசுரந்து நார் இதுல அதுலது யோ ஞானது புறமந்தின மேதி பற்றத்திலதா ஐயாம் சரரன பட்டில நடந்த புறமயத்தில் நல்லதான தரணந்த சரியெல்லாம் அமிடமாரி வஷப்பு மந்தரும் பேரும் கூடும் பந்துசால் பொதிக்கும் இது சரியே கட்டல செலுத்தாம അതിന്റെ അപ്പം ചിലപ്പോൾ തുന്നലിലേക്ക് കൂടും അതിനാൽ ആ നല്ലത് കുറഞ്ഞ ഭക്ഷണങ്ങൾ പല തവണകളായിട്ട് കുറേശ്ശും കുറേശ്ശം നിന്നുകൊണ്ട് പോകാൻ ക്വാണ്ടിറ്റി കൂടാതിരിക്കും ഒരു ഭക്ഷണം നിൽക്കുക കുറഞ്ഞാൽ എന്നിട്ട് ബാറ്റിന് ചോര് കൊടുക്കുക എന്നിട്ട് ഒരു ഇടവേള ചോദിക്കുക പിന്നെയും കുറഞ്ഞൊരു ഭക്ഷണം ഈ തോട്ടം ഒരു ദിവസത്തിൽ ആ ഭക്ഷണത്തിലേക്ക് കൊണ്ടപ്പോ ഒരറ്റ പട്ടിണിയും ഒരറ്റ തുന്നലും ആക്കിയാൽ ഈ നഷ്ടപ്പെട്ട ഷൂറിന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നവര് അതായത് ഉണ്ടാവും നമ്മ മഹമദ തൊടുക്കുന്നനാണ് ആണോ മതവലണ്ടി എന്ന് പറയുന്നു. റമൻ ഔസതുറാണോ? പിന്നീട് ലഖൗലുഹു വഇൻ യകും ത ഹസന വഇല്ലല്ലുന്നഫോ. ബീതുന മടക്കില്ല വഇൻ യകും ത ഹസന ത ഇല്ല. കണ്ടോ വഇൻ യകും എന്ന് പറഞ്ഞാൽ ഇന്തരാ ഉണ്ടാവുകളാണെങ്കിൽ കാണതാമാകിതി. ഇന്തരാ ഉണ്ടാവുകളാണെങ്കിൽ അ വഹസന ഇന്തരാ فأكله حسن وإلا فتركه أولا فإن كافة أهل الطريق لا إلا أفردونا <تصفيق> إلا الجميع أولا تركه إلا الجميع أولا مرد قال أبو عبد الله سلمي رحمه الله ورين نوس إلا بعض المسائز جوري شعلي لك للذي لا يضر لا يضر آي أكلم دانا يجوري كفر تقول فقال إياك لبتنبيذ القدرة സംവീതൽ പുതുറത്തിന് വേണ്ടി തിന്നലാണ് ശരൂപത്തിന് വേണ്ടി ആകാൻ പാടില്ലാന്ന് പറഞ്ഞു അന്ന് സംവീതർ പുതുറത്ത് അവര് ഇരുന്നില്ല ആ വാക്കിനെന്തോലും അവട്ടുന്നുണ്ടല്ലോ ആ വാക്കുകളുടെ പെട്ടെന്ന് ഇരുന്നിലല്ല അതിനെ പറഞ്ഞു പുതുറത്തി മുറാത എന്റെ ശരീരത്തിൽ ഓരോ പുതുറത്തുണ്ടും ആ മുതറത്തുണ്ട് ഓരോ മുറാദും അങ്ങോട്ട് കണ്ണിന്റെ കുമ്പത്തുണ്ട് ആദിമക്കരൂപത്തിന്റെ നാട്ടിക് രൂപത്തിന്റെ ഓർമ്മക്കൊരു കുമ്പത്തുണ്ട് ഓരോന്നും ഇവരുടെ കുമ്പത്തുണ്ട് ആ കുമ്പത്തല്ല ശരിയാണെ ഇന്ധനം കൊടുത്തിട്ടുണ്ട് അതിന് സ്റ്റാർച്ചും മറ്റേ അതും നോക്കുണ്ടാക്കാൻ ആ കുമ്പത്തിനെ നിലനിർത്താൻ ആവശ്യമായ അടുപ്പിലാക്കാൻ ആവശ്യമായ ഇന്ധനം മാത്രം കൊടുക്കുക ഇതുകൊണ്ടാ നമ്മള കൂമ്പത്തിന് ആ കുമ്പത്തിരേ ചീരെ ദഹിപ്പിക്കാൻ വേണ്ടി ഇവിച്ച പുറമേക്ക് മത്തി കൊടുക്കൂല ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി എല്ലാവരും വരാൻ പറഞ്ഞു ദഹിപ്പിച്ചൊരു പാകത്തിനാക്കട്ടെ അപ്പൊ മറ്റു കൂമ്പത്തേ ഇങ്ങോട്ട് തിരിച്ചുവിടും അത് എടുപ്പിലാക്കാൻ പാടില്ല എന്നറി അല്ല മുറാദാമിൻ പദനാണ് ആ കൂപത്തോടുള്ള മുറാദ് അല്ല ഈ ജിസ്മിന്റെ സിഹത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അതിന്റെ കമ്മ അമറപ്പ റബ്ബുക്കാന്ന് നിന്റെ വപ്പ അങ്ങനെ ഏൽപ്പിച്ചല്ല ജസ്തിക്ക് അറിയാൻ പാടില്ലല്ലാ ബി സബ വിശ അനുഭത്തി വത്തിരിക്കാൻ തുടങ്ങി കുടുംബിക്കല് തീർച്ചയാക്കിനേ വിട്ടാ ഒരു നേരം എനിക്കിച്ഛം രണ്ടു നേരം കൂട്ടിയാലേ ഒരു നേരം രണ്ടു നേരം ആക്കുമ്പോഴത്താകും ആദ്യത്തെ അളവ് കോപ്പും രണ്ടാമത് കിട്ടും ഒരുപോലെ ചുമറിയിരിക്കും മൂന്നുപേരെ കണ്ടാക്കി പിന്നെയും കോപ്പു ടോട്ടം നേരിടും ബാക്കിയെന്തെങ്കിലും ചെറിയ മുട്ട കഴിഞ്ഞാൽ വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും ചെറുതായി കാര്യം അന്ന റജുരാൻ അതാ അനിമാന്റെ അന്ന റജുരാൻ വച്ചിട്ട് തെൽപ്പിട്ട് ഒരു രാജു നൽകിയില്ലേ രാജു നൽകി തെർപ്പിട്ടു സാധാരണ തൊന്നും നമ്മളില്ല പഴയ രാജാക്കുമാർ അതും തിന്നിതും തിന്നു വറ്റി നിന്ന് വർച്ച നിന്ന് തിങ്ങിട്ടിട്ട് ആക്കി നമ്മക്ക് ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിച്ചിടാൻ പാടില്ല ഡെലിവഡ് ചെയ്തിട്ട് കുറേശ്ശം കുറേശ്ശേനാക്കിട്ട് കൊടുത്തിടയാൻ പാടില്ല രാജകൊക്കെ എന്നിട്ട് വേറെ എടുക്കില്ല നേരം നൽകിട്ട് അച്ഛൻ പറ്റി കഴിഞ്ഞിട്ട് കൊണ്ടും കലാമകളൊന്നും കേട്ടിട്ടു സുപ്പറ ഭക്ഷണങ്ങളും അതി മറ്റുള്ളവർക്ക് അറിയാക്കിയത് അതുകൊണ്ട് അതിലുകൊണ്ട് ആ കുളിച്ചെണ്ണ കൊണ്ടാ തൊക്കെ ഉണ്ടാകുന്നെല്ലാം വന്നിട്ട് എല്ലാം കൂടെ അതിന് വായിച്ചു കുടിക്കണം എടാ ഹാമിയാ വെറുതെ കിടക്കുന്നുണ്ട് സുപ്രാമി ധരിക്കാൻ വേണ്ടിട്ടില്ലേ ഇവര് ശരിക്കും പുറത്തു പോകുന്നില്ല അതാ ആയിരം വന്ന കാര്യം നിങ്ങൾക്ക് ഇത് പുറത്തു നിൽക്കാൻ വേണ്ടി വേറെ മൂന്നുകേര് വേണ്ടത് തൊണ്ണാൻ വേണ്ടി നല്ല രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദിച്ചു എല്ലാം തുണ്ണ് ദഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകായിരുന്നു ഇതെല്ലാം കൂടെ ചെറിയ പുറത്തു പോകാൻ മൂന്നാമത്തെ വെച്ചു ഏതായാലും വേണ്ടത് വിട്ടപ്പോ തങ്ങള് പറഞ്ഞു കുഫ അന്ന വിശാഖ ഇതെന്നെ വിളിച്ചു മതിയാക്കാൻ പോകുന്നു ഇത്തരത്തില അച്ഛറക്കും ശബം പിന്തുഞ്ഞ അച്ഛർക്കും ജൂൺ അഞ്ചോ നിർത്തിയാമാറിയാതെ ഭരണോകേണ്ടി വരും മക്കളെ ഹസങ്ങളറിയല്ല വന്ന് പറയുന്നു കൊല്ലുമണിത്തി ആദമാരത്തിൻ ആദ്യം വരെ ഈ സ്ഥല മിന്നിങ്ങോട്ട് വന്ന എല്ലാ പല ഉരക്കെ തൊണ്ണും വള്ളി പിടിച്ചിട്ടില്ലേ വന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു കാരണം എന്താണെന്ന് പറഞ്ഞ് തൊന്നിന് പോസ് തുടങ്ങിയെല്ലാം ഇങ്ങോട്ടേക്ക് വലിയ മണി എത്തും പിന്നെ ഒന്നൂത്തിയാകുമ്പത്തേരത് ബാക്കിയായല്ലോ വയനു കഴിക്കേണ്ട തര സാധനങ്ങൾ അതോ സംഭവം ഇല്ല അതല്ല അത്തേക്കും ഇപ്പൊ പറഞ്ഞായിരുന്നു മുഴുവനും പറക്കത്തായത് കൊണ്ട് മുഴുവൻ നിങ്ങളെ പറ്റത്തിന്റെ വേണമല്ലോ പുറത്തു വേള പറ്റി പറ്റൂല പുല്ലും പറക്കത്തായത് വേള പറ്റി പറ്റൂല വക്കാലും അപ്പ അത്താൻ കഴിക്കണം അത് വലിയ മഹിന്മായ തുന്ന സാ അതോണ്ട് വഴയേറെയിൽക്കണമെന്നില്ല അത്തായം എന്റെ കീഴിൽ ആ സമവൃത്തി കൊണ്ടും കുടിച്ചാൽ ആ കുഖത്ത് ചേർത്തു അതെന്തോ ഒരു പക്ഷെ ക്വാളിറ്റിന്റെ വെള്ളം ഒന്നുമല്ല ക്വാളിറ്റുവല്ല നോക്കുന്നു ആ സമയത്തിൽ നിന്നും അത് ഇസ്ലാം അതിന് കണ്ട ആ മഹത്വം ആ ക്വാളിറ്റ് ആ ക്വാളിറ്റി ജീവന്റെ നോമ്പ് പകലെ മുഴുവൻ ഇൻസാങ്കിയിൽ നിൽക്കാനുള്ള ഒരിഞ്ഞ് പോകാം അത് തന്നെ അനർധികൃതമായിട്ട് രീതിയിലോ ആറാമ രീതിയിലോ കഴിച്ചെങ്കിൽ നോമ്പന്നാകാ വല്ല ഫസാദാവുന്നുണ്ട് നോമ്പിനൊരു ഹരിതത്വം ചെയ്യുന്നില്ല ഒരു കറാഹത്ത രീതി ഇടത്തേക്ക് ഉണ്ടെങ്കിൽ നോമ്പ് കുഴഞ്ഞിട്ടുണ്ടാകും അസമയത്ത് ആ മക്കുമാ രീതിയിലോ ശേരിയിലോ ആ രാത്തിലോ ശരിയിലോ കൊണ്ടെങ്കിലും ആശ്വരതന്റെ വിഭാഗത്തിൽ വന്നു പറഹൻ നത്രുക്കം സഹലുറവ്യം മാറയുന്നു എന്റെ രാത്രിയത്തെ ഭക്ഷണത്തിന് ഒരു കൂടി കുറക്ക വേണ്ടാന്നൊക്കെ അഹബുലയും രാത്രി മുഴുവൻ നിന്നുക്കിരിക്കുന്നതിന് എനിക്ക് പ്രിയതാണ് ഭക്ഷണം കുറക്കലാണ്ട് ആ ോ അങ്ങാടിയിൽ വെച്ച് വിശപ്പ് എന്നുള്ളത് ബുക്കാൻ കിട്ടുമെങ്കിൽ വേറൊന്നും വാങ്ങാൻ തയ്യാറില്ല അതെന്നെ വാങ്ങുകയുള്ളൂ കൊല വിശപ്പ് വിത്തുന്നുണ്ട് കണ്ടാലേ വേറൊന്നും വല കൊടുത്ത് വാങ്ങാൻ വാങ്ങുകയുള്ളൂ അങ്ങനെ എന്നാളാരോചിച്ചിട്ടില്ല നമ്മളങ്ങോട്ട് എന്താണ് കറിവൊക്കെ ഉണ്ട് ചിലവൊന്നൊക്കെ അറിയാതെ രണ്ടാം പുസ്താദ വളരെ ചിലവർ ഒന്നും വേണ്ട അതാണ് ജുഹ കറിയുന്നതിന് ജോലിയെന്ന് പറഞ്ഞത് ജു കറി എന്നാളാക്കി അയാൾ കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നു വരും നിങ്ങൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് ഇവിടെ മാറ്റി തന്നെ കഷ്ടപ്പാടാണോ അങ്ങനെ ഞാൻ തന്നെ മുടി െ സമീപിക്കുക ഇഷ്ടമുണ്ട് ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയാണെങ്കിൽ വലിയ ഓരോ ദൂരമില്ല മക്കളും ഇല്ല ആരും ഇല്ലാത്ത ഒരു ചിലവുമില്ല ഇനി അങ്ങോട്ടാണ് ഡിപ്പോസിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആളെ വിശ്വസമാക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ പരിപാടിയുണ്ട് നമ്മക്ക് ഓരോടൊന്ന് വാങ്ങി നോക്കാം ഒരാൾക്കൊന്നും തന്നെ ഒറ്റ ഭാഗ്യത്തിൽ <laughs> സംഭവിച്ചില്ല <laughs> ിൽ മലായിക്കത്തിരുസദീൻ യെന്ന് പറയുന്നത് എന്റെ ലഫ്സിൻ കോടതി ശിഫാർശ ചെയ്ത് എന്തൊരു കാര്യം ചെയ്യാൻ മലായിക്കത്ത് മുഖേലെ ശുപാർശ ചെയ്തു അമ്പ്യാകർ വകേണ്ട ശിഫാർശ ചെയ്തു എന്ത് ഷഫായത്ത് ി തെറക്കി സ്വരൂപത്തിന്റെ ഒരു സ്വരൂപഴിവാക്കണമെന്ന് മലാജത്വം വന്ന് അമ്പാക്കളും വന്നിട്ട് നെസ്റ്റിനോട് ജപ്പാകർത്തി സഹിവാക്കണേ എന്നാൽ ഒന്ന് നെസ് കൂട്ടാക്കുന്ന ഒരു അദ്ദേഹത്തും മദ്യമേ അതിന് എല്ലാവരും നെസ് മടക്കിക്കോളി ഞാനെന്റെ സൗഹൃദത്തേക്ക് മുന്നോട്ട് നിന്നാ പറയാം നിങ്ങൾ ജപ്പാത്താറൊന്നും കണ്ട വളവും തശപ്പായിട്ട് അതിന്റെ ആ ബിൽ ജോയി വിശപ്പ് കൊണ്ട് ജപ്പാറ്റാർത്തിയൊക്കെ ആട്ടെ നെല്ലാം കാലത്തിലേക്ക് അന്ന് ഓർഡറെ ഒഴിപ്പെടുന്നു വിശപ്പ് ഭാഗത്തിൽ നിന്നോട് നന്നായിട്ട് അനുകൂലിച്ച് നിൽക്കുകയും ചെയ്യും എന്നുവെച്ചാൽ ഞാൻ ഈ ലവ് വത്താ നീക്കത്ത് നിൽക്കുന്ന സഹവത്താ നർത്തം ആ പറഞ്ഞ ശരിക്കും അത്തമക്കണല്ല ജോലി കൊണ്ട് നശപ്പെന്ന് പറഞ്ഞാൽ നീക്ക് നശപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പട്ടികടുത്തും എന്ന് താക്കീത് കൊടുത്താൽ സഹവാത്തം ഉണ്ടാക്കും ഓടി ഒഴിവാക്കി തയ്യാറായി വരുന്നു وَقَالَ مَعَلِكِ لِلْإِنَانُ عُمْيَ اللَّهُ لَا تَجْعَلُوا بُطُوع لكم جربا للشيطان شيطان مرتن نواقرة الغامبالا جربت طلبوتر لها جراب جرابن الله لها جرابن الله لها جرابن الله لها جرابن الله لها جرابن الله شيطان لها يُعِن فِيهَا مَا عَبَّنِك شَيْتَانِكَ إِشْتُولَ إِلَّا يُرْكُ لَهُمْ ربطي وعنى توبكيز اللي أبا أمى الله ിൽ നിന്ന് ഒരു നശാത്തു കാണുന്നു പ്രത്യേക ഉന്മേഷവും എന്നാൽ താങ്കൾ നശപ്പ് കൊണ്ടായിരുന്നു നടക്കി നിൽക്കണം ഏത് നശാത്ത വിഭാഗത്തിൽ നശാത്തന്റെ ഉദ്ദേശിക്കുന്നത് ഒരു തരം ചങ്കൂച്ചം എന്ത് ചെയ്യാനും ഒരാടാൻ ആരാടാന്നുണ്ട് ആരുടെ ഞാനിട തീക്കത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി അന്നെന്താകണം അപ്പ ജു അതിബു ഹാ നസ് നശാത്ത നീ എന്താകണം അപ ഉറപ്പിക്കണം ജൂ അതച്ചു കൊണ്ട് നശാദ് നശാബ്ദിൽ മാസിയസിനോ ലഹുബനോ നശാബ്ദവിടെ ഉദ്ദേശിക്കും അവിടെ തസിബ് കൊണ്ടും വളരെ നശം കൊടുത്തില്ലാ സടക്കിലേക്ക് പോയി ജാരിച്ചാൽ നമസ്കരിക്കുന്നു തങ്ങൾ ചെന്തുപറ്റീനാ ചോദിച്ചു മറുപടി പറയുന്നു ഞാൻ കരഞ്ഞുപോയി പറഞ്ഞു രാശന്നു വല്ല കാലത്തിന് വേണ്ടി കരയണ്ടാ ഇന്ന സിദ്ധത്തിൽ ഞാൻ ഇവിടുന്ന് വിശന്നാക്കിയാമെന്നാണ് ചിദ് ബാധിക്കൂരാതായിരിക്കൂലി കടമാക്കാൻ ആഗ്രഹിക്കണം വിശന്നുവര അതുകൊണ്ട് അന്നാന്റെ കുലി വ്യക്തമാക്കാൻ അതുകൊണ്ട് ഒന്നാമതും കുറ്റം തന്നെ ഇന്നലാണ്ട് വരാൻ വന്നു സഹിക്കാണ്ടാവൂല അതിനെ പരിചയുന്നുണ്ടെന്നൊക്കെ പറ്റില്ല അമ്മ അതാണല്ലോ കിട്ടി കൊറഞ്ഞ കിട്ടിയത് കൊറഞ്ഞു പോയാൽ പൊട്ടക്കുറവായിട്ടുണ്ടല്ലേ അല്ല അമ്മ മീനാക്കിണ്ട് അതിനോട് ഒന്ന് പൊരുത്താക്കിയാ ആ നഷ്ടകൃത്യ കൂടി പരിചയം തരും നഷ്ടപ്പാലും ചെയ്ത് പറയുന്നു ആദാ മീൻകോ جَمْعُهُمْ فَمِنْهُ تَرْتُلُهُ سِيْمَامِ يَقِلَّةُ الذِّكْرِ لَهُ إِنَّمَا بِكَوْنِهِ ذِمْبُهُمْ حِجَابًا إِذْ هُمْ يُؤْمِنُونَ بَلْ أَنْزَلُوهُ مَنْزِلَ الدَّوَائِي إِنَّهُ النَّذِيرُ بِغَيَّةِ الشِّفَاءِ ോമി രതാമി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ നമ്മളെ കോമിന്റെ അഥവ് ജവൻ ഒരുപാട് പറയാനുണ്ട് അത് അപ്പൊ അതിൽപ്പെട്ട ഒന്ന് പറഞ്ഞാൽ കറുക്കുലെത്തി മാമി ഭക്ഷണം കിട്ടണം ഭക്ഷണം കിട്ടണം അത് എന്തൊരു അമ്മം വെച്ച് നടത്തി ഭക്ഷണം കിട്ടണം ഭക്ഷണം കിട്ടണം ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം അയച്ചില്ല ജോറി കഴിച്ചിട്ടില്ല ജോറി കഴിച്ചിട്ടില്ല ഇതിന്റെ മനസ്സിലെ വിചാരേ വിചാരത്തില്ല അതങ്ങ് വഴി മാറണം കൃത്യന്റെ സുഖത്ത് ആദ്യം ഹസറാക്കിയാ മതി അന്ന് അവർ നിടിക്കുന്നത് എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ട് അല്ലെങ്കിലില്ല ഒരു അടമിന്റെ ഇടയിൽ ആ ഹസറുണ്ട് അച്ഛനെ ഹറ്റിക്ക് ആ ഇല്ല എന്നാണോ മറുപടി ഇല്ല ഉണ്ടെന്നാണോ അച്ഛൻ മറുപടി രണ്ടാമത്തെ മറുപടി പറയാണേണ്ടുണ്ടെന്നാണെങ്കിൽ എന്തുണ്ട് എത്രയുണ്ട് എവിടെയുണ്ട് ഏത് സമയത്തുണ്ട് ഏത് രീതിയിലുണ്ട് ഏത് സിഫത്തിൽ ഞങ്ങളുടെ മമ്മാല മമായും നേരത്തെ വന്ന അഞ്ച് തത്തീസ നാട്ടും ആ അഞ്ച് നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരാൾക്ക് തന്നില്ല അവനല്ലേ ഒന്ന് വിചോച്ചാലും ആദ്യം പന്നി ചേർ അങ്ങനെ ഇല്ല ബാക്കി അഞ്ചില്ല അതല്ല ആദ്യം അത്രയാക്കിയ ഉണ്ടോ ഇല്ലയോ പിന്നെത്തലില്ല ലഹൂരി ഭക്ഷണം അവിടെ കാണില്ല ചോറു ചോറ് ചോറ് ചോറ് ചോറ് ചോറ് എടുത്തില്ലല്ലോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലും മറ്റൊരു മനസ്സിന്റെ ഹിറ്റിമാമാണോ അത് ഉണ്ടായാ പറഞ്ഞോണ്ട് നിൽക്കൂ ചോദ്യം തന്നെ വർത്താനോ എപ്പാ എന്തുകൊണ്ട് നിൽക്കാൻ ഈ ഹിറ്റിമാമുണ്ടല്ലോ ഈ പറയപ്പെട്ട ഹീൻ്റെ തമ്പൂരിലേക്ക് ഉറയ്ക്കിയാ മതി ആ ഹിറ്റിമാമും ആ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഈ ഇന്നും അവരെടുക്കൽ ഹിജാബൻ അതൊരു ഹിജാബായി കണക്കാക്കുന്നത് ഒരു കോട്ടക്കാരോപടിയാണ് അന്നാ തൊട്ട് ഹിജാബാന്ന് ഹിജാബ് അതിൽ ഇൻ ലിസൈൻ ലിസൈനാളെ മുക്കറല്ല അതിനിൽ മുനസബത്ത് ലിഷൻ ഒരു സാധനത്തിന്റെ മറ്റൊരു സാധനത്തിന്റെ മുനസപത്തില്ലായിമ ലിഷൈലിന്റെ രണ്ട് ലാബില്ലപ്പോ ലിഷൈ ഇൻ ലിഷയിൻ ഒരു ലുഷയിന്റെ താരത്തിലേക്ക് അറിമിനേക്ക് കൊടുക്കണം മറ്റൊരു ഇന്ന കാലത്തേക്ക് മുനാസഫിലേക്ക് കൊടുക്കണം അപ്പോ ഒരു സ്ഥാപനം ഒരു സ്ഥാപനത്തിന് മറ്റൊരു സൈജിന് ഉള്ള മുനാസഫില്ലായ്മ മൂർത്തിയില്ലാത്തൊരു കസ്തി ഈ കസ്തി കൊണ്ട് പോസ് നടത്താൻ കഴിയുമല്ലോ അപ്പൊ പോത്തിനടുക്കൽ എന്ന ആ ഷൈഖിന് ഈ കത്തിക്ക് മുനാസഭത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ദിന ഹിജാബുണ്ട് പോത്തിനടുക്കൽ തീര് ഹിജാബാ ജനാമത്തുകാരൻ ഡോക്ടർ പള്ളിക്കാരണം മുനാസഭത്തില്ല അതുകൊണ്ടാണ് അതുമുലം മുനാസഭി ഷൈഖിൽ തുൽ മസ്സിദാകുന്ന ഷൈഖിന് ആയിട്ട് ഹിജാബ് മുനാസഭത്തില്ല ഈ ദുലുമായ മത്സരിക്കില്ലാത്തതുകൊണ്ട് ഓടിക്കുന്നുണ്ട് ഹിജാബ് ഉണ്ട് അതാ ഹിജാബ് ഇതേപോലെ അന്നാന്റെ അതൃത്വമായി ബന്ധപ്പെടുന്ന എന്തായാലും ഇവിടെ ഇല്ലാതെ വന്നിട്ടുണ്ട് അവന്റെ മനസ്സിലെന്താ ഉള്ള ചോറ് ദിക്കറ ചോറ് ചോറ് അങ്ങനെ ഉണ്ടല്ലോ വിക്ര പഴയ തരത്തിലുണ്ട് നാരങ്ങാരങ്ങനേരങ്ങാരങ്ങാരങ്ങാരങ്ങി അതോടെ ദിക്കറ നേരെ മൃത്തം വെള്ളം പത്തായി നിങ്ങൾ കൊണ്ടുവന്ന എണ്ണിക്ക് ടെക്രായാലും പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടാവും ചില നാട്ടിന്റെ പേര് വിളിച്ചറിയില്ല കണ്ണൂർ കണ്ണൂർ ഇല്ലെങ്കിൽ പെരിയറോ ആതമങ്കലം പെരിയാത്ര വിലാത്തളം ആദവങ്കലം പുത്തൂർ ഓരമ്പാട് പൊന്നമ്പാറ ചെറുകുങ്ക ചെറുകിട അവസാനത്ത് രണ്ടെണ്ണം നടക്കണം ഒപ്പം പെരിയാറം വിലാത്തളം ആദമംഗലം പുത്തൂർ ഓരയമ്പാടെ പൊന്നമ്പാറ ചെറുകുട ചെറുകിട ദിവസത്തൊക്കെ നടക്കണം ഞങ്ങൾ ദിവസം തീമ്പായത് പക്ഷെ അന്ന എമ്മക്കാത്തിന് ഇണ്ട ലായീത് ഞാൻ കണ്ട അന്ന എമ്മാത്തിൽ കണ്ട നിൽക്കരു എല്ലാവർക്കും നിൽക്കറിണ്ട് ഓന്റെ വിൽക്കാറ് മക്കളുക്കാത്തിന്റെ നിൽക്കരു നമ്മുടെ കാലത്തിന്റെ വിൽക്കി വളർന്നുമ്പോ ചോറോ ഓണിക്കില്ല ഇറക്കിഞ്ചോക്കെ ഉത്സവങ്ങളെത്തി നമ്മൾ കിട്ടുന്നു എല്ലാവരും ചോറ്റിലേക്ക് പോകുമ്പോ എനിക്ക് ചോറിങ്ങോട്ട് തന്നെയാണ് എന്താ എന്തിനിച്ചും പറയൂ എന്നാൽ പറയുന്നത് ആ വൻ പിന്നെന്താ ജാന്തരൂഹം ഈ താരമിനെ അവർ കണക്കാക്കുന്ന മനസ്സിന് ദവായിന്റെ സ്ഥാനേ കണക്കാക്കു എന്തല്ല രോഗിന്റെ അടുത്ത് മരുന്നിന് ഇപ്പൊ മരുന്നിന് കുറഞ്ഞ സ്ഥാനം കൊടുക്കാപ്പുള്ളൂ മരുന്ന് ഒരുപാട് കൊണ്ടിരിക്കുന്ന പരിപാടി കിട്ടില്ല ഞാൻ ഒരാളെ പറയുന്നത് ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെയാണ് മരുന്നുകൊണ്ടോ അതെ നാളെ ടീച്ചാക്കി തോളിട്ടിങ്ങനെ വരുന്നു ഇനി തലേ അത്രയ്ക്ക് ദ്വാരക്കുള്ള സ്ഥാപനം എന്താണ് അലിയത്തിന്റെ ദ്വാരക്ക് ഇത്രാണോ രോഗം ഇത്രാണെന്നുള്ള രോഗത്തിനെ അധികം അടയ്ക്ക് ഇയാളെല്ലാം പെരുഷ്ട് ഇത്ര ഇത് ഹാസിന്റെ വരുന്നതെന്ന് ഇത് പഞ്ചാരക്കുള്ള എന്താ ഇത് ബെസറപ്പിനാണ് ഇത് ഉറക്കുവിട്ടാനോ ഇത് ആ ബെസറപ്പിന് നേരത്തെ നേരത്തെ ചേച്ചി ഇത് കള്ളയിൽ പുറത്തു കടാൻ വേണ്ടിയിട്ടാണ് ഇത് മൂത്ര ചരിച്ചു മൂറാനാണ് ഇപ്പൊ ഇതെന്തിനായിശാത്തിലുള്ളതാണ് ഇത് മറ്റേതിനാണ് ഇതായിട്ട് ഗ്യാസ്ട്രബിണ്ട് നമുക്കുണ്ടാക്കി പത്ത് പതിനഞ്ച് ഗുളിക ഇത്ര പേരത്ത് ചെമ്മാറകളെ കിട്ടുന്നത് ഒരു മുഗ് കുടിയോ ഇപ്പോഴും കണ്ടുകൊടുക്കണ ഡോക്ടർ കുറച്ച് ഇതും കൂടി ഇത് ദോഷം കൊടുക്കാൻ പോയതായിട്ട് കൊടുക്കുന്ന ഇത് വൈകി താങ്ക് യു അപ്പോ എന്തിനാണ് ബനിയത്ത് ശിഫായ ശിഫായ കൊടുത്തിട്ട് കഴിക്കുന്ന മരുന്ന് കുറച്ചേ കഴിക്കൊണ്ട് ആ താണത്ത് വളരെ ശിഫായാണ് എന്തുകൊണ്ട് അത്ര കണക്കാക്കുന്നു തനാപൊലി തഹാമാവട്ടെ കപുലാട്ടെ ജമ്മു കൊറേ പറയാനുണ്ട് കഥിയോ അപ്പം അതോ എത്തിമാമി ഹിമ്പിനി കപല രാജത്തിനിടയിൽ ആവശ്യം വരുന്നതിന് മുമ്പായിട്ട് അതിനോട് എത്തിമാമുണ്ടല്ലോ കാലയെ കൂട്ടി ഭക്ഷണം ഇടുന്ന എടുത്താണെങ്കിൽ അതും തന്നെ തയ്യാറാക്കി ആവശ്യം തന്നെ മാറി ചൂവാ കൊണ്ടു നേരത്തെ വിധിച്ചു വെക്കണം ജന്മ നിരത്തി കവിതൽ രാജ കാര്യത്താർ ഉൾപ്പെട്ട് തന്നെ അതിനോട് ഹിറ്റിമാകുന്ന ദരീര്സ്യാലി അതിനോട് അത്യാഗ്രഹമുണ്ട് എന്നുള്ളത് ഒരു ദരീരാണ് വളാനിക്കുകയാണെങ്കിൽ നൌസാഫിൽ അലൈഹ അല്ലെ ബഹീമിയത്തിൽ നൌസാഫിന്റെ ഇപ്പെട്ടതുമാണ് കാലും വക്കത്ത കുമ്പ് പറഞ്ഞിട്ടുണ്ട് കൗരമുഹോ മത്തലഹോ കാലത്തെ സീമത്വുമാ യോജിമിന്ന ഇപ്പം പറഞ്ഞു മുപ്പത്തൊന്നാമത്തെ പേജിൽ പറഞ്ഞു പോയിട്ടുണ്ട് കാലും മുമ്പും പറഞ്ഞിട്ടുണ്ട് അത്യാക്കോ ഞാൻ ഹിറുസ് ചെറിച്ച ചെറിയ വ്യത്യാസമുണ്ടാവും ചരഹെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആവശ്യമില്ല പക്ഷെ കിട്ടേണ്ട സാധനം അതിനേക്ക് നാമമായി ആഗ്രഹം തൊക്കെ ഹിറസ് അതിനാൽക്കാണ് മതമൂമാവും ഇവിടെ കിട്ടിയാലും കിട്ടിയാലും ദേശ പോലെ ഇനിയും കിട്ടണമെന്നില്ല ആവശ്യമില്ല കഴിഞ്ഞിട്ട് പിന്നെയും കിട്ടലേയും പോരാ കിട്ടണം കിട്ടണം കിട്ടണമെന്നില്ല അപ്പൊ ഹിറസ് ചറഹിനാൽക്കാണ് കുറച്ചും കൂടി മതമുമാവും അപ്പൊ എല്ലാ ഹിറസ്സും ചവഹ എന്ന് പറയാ ചരഹന എന്തായിക്കൊള്ളുന്നില്ല إن الله كي عن طبعي من رضي الله عنه أنه قال عم يختر ذكر الطعام ببعض الشريع تنعنا إليه بدل الله أنه يموت أنه معنى سيطعام ينهى سيطعني تغني تغني تغني تغني الله نعم تغني تغني تغني تغني تغني الله جو دل الله حتى حت الله رحمه الله وفرصار وفوتان الرجيم قلين ومنها قلة ذكره على نعره وقلة الذكر عنده دور لله എന്റെ സ്ഥിതിക്കിനി കപുൽ ഹദൂരി ആദാർന്നും ഉൾപ്പെട്ടായിട്ട് അതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ഞാൻ അനുഗ്രഹവും ദീര താല്ല് സ്ഥിതി നെക്സ് അതുമായിട്ട് താല്ക്കായിട്ടുണ്ട് എന്നതിലാണല്ലോ കശവത്ത് ഹായിരം അതിലേക്ക് ചവിട്ടുവാക്കുന്നുണ്ട് എന്നതും വമൻ അഹബൻ തിരി ഒരു സാധനത്തിന് സ്നേഹിച്ചത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പതിവാണല്ലോ പണ്ട് അഭിപ്രായം ആളുകളിക്കേന് മറ്റൊരാളെ ചൊല്ലിക്കൊടുക്കില്ല ആ നസ്ബീർ അബ്ബീജൻ എന്നാണ് അറിഞ്ഞ ചൊല്ലിക്കോളെ ചിന്തിച്ചു പിന്ന ഒരാള് അവര് ആക്കമ്മ അവരാക്ക ഞാനീ രണ്ടുപേർപ്പാ വൻ നാടമ്പ ശ്രീ അന്റ് അക്സരം ഒറ്റ സ്നേഹിച്ചാൽ അന്റെ റിക്ഷ വോധിപ്പിക്കുന്നുണ്ട് അതിലേക്ക് സ്നേഹി പറയുക അത് മറ്റൊന്ന് പറഞ്ഞുകൊണ്ടെന്നാണ് ശല്വ ശെൽവത്തിനൊക്കെ മറന്നാളാണെങ്കിലും ഉണ്ടാവും അച്ഛലത്തിൽ ഓർമ്മിച്ചുകൊണ്ടിട്ടില്ല അതും വേണ്ട വയസ്സാൽ നിൽക്കുന്ന സ്ഥലസ്ഥല തേടി പോവാൻ വേണ്ടി തന്നെ അത് അടിച്ചേൽപ്പിക്കും എന്നാൽ പോയാന്നെ കൊണ്ടാ പത്ത വെച്ച് മുട്ടാറ് ചോറ് ചോറ് കൊണ്ടു അദ്ദേഹം ഹെസിമാമിലേക്ക് എത്തും അതേ കിട്ടുകയാണ് ആവി അലാമത്തല്ലേ ഹെസിമാമിലേക്കുള്ള അലാമത്തരായി മാറുകയല്ല ഒന്നും വേണ്ട തീർത്തു അപ്പൊ ഇത്ര നേത്രം പറഞ്ഞുതരാം ഇനി കൂട്ടുന്നു യമ്പേരില്ലാരി അല്ല നോക്കല ഇല്ലാതെ എതിരും മുന്ന ആരിഫായ മനുഷ്യൻ ഇപ്പോഴത്തെ സുലൂക്കാ പറഞ്ഞെങ്കിൽ ആരിഫിനെന്ത് വേണം അങ്ങാടെ അടക്കം എതിനോടുകൂടി അല്ലാതെ തിന്നാൻ പാടില്ല ഏകൾ കൂടാതെ ചെയ്തില്ല ഒന്നൂടെ തന്നെ ഏകല വരണോ അത് റോഡർ കഴിച്ചാൽ അന്നേരം പറയാം ആരാണെന്ന് ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ കുറവ് ഞാൻ നിന്നാകും അങ്ങനെയാണോ അത് ഈശ്വർത്തോ ഇങ്ങനെ ഉണ്ടോ ഇന്നത് ഇന്നോ അത് ഇന്നത് ചെയ്യാന്നുള്ളത് അതിനൊക്കെ ഇഷ്ടക്കെ വെച്ചിരുന്നു അങ്ങനെ അയ്യോന്ന് വിചാരിച്ചു അതെന്താ കാലം തന്നെ ഉപേക്ഷിക്കുക കിങ്ങനെ ഇവിടെ എന്ത് തിന്നണോ എന്നോ തിന്നണോ തിന്നണ്ടോ ഒന്ന് ചിന്തി കടത്തിട്ട് കിട്ടുക ആ തിന്നണ്ട കാര്യം ഒരുമിച്ച് കൂടി പാ ചെയ്തിന് അണീക്കടാ ഇരിക്കടാന്ന് പറഞ്ഞിട്ടും പറ്റാ അത് തിന്നാണല്ലോ ആ സമയത്തേക്ക് ആകെ അറിഞ്ഞില്ല ആ സമയത്തേക്ക് വന്നു ഇവനെ അനുപിച്ച് ഒരു ചിന്തിയില്ല അതെല്ലാം പൂർണ്ണമായിട്ട് തിരിച്ചറങ്ങി അപ്പൊ ഒരു സ്വഹാരവും എല്ലാം അവരാവശ്യപ്പെട്ടിട്ടില്ല ഒന്നുമില്ല പൈ ലാകല താറോ അപ്പൊ പരത്തി വരാനാണെങ്കിലും മസലൻ പലത്തിലും ചോറ് കൊണ്ടേക്കെന്ന് വന്നോളും ആ അത്താണ ചോറ് അവൻ അറബ് ചെയ്യുന്നത് ചോദിക്കാൻ പാടില്ല ഇല്ലാതെ നറുറത്തിൽ ഇല്ലാതെ എന്ത് ദേശത്തിനാ ഫലായു അത്താപിച്ചില്ലല്ലോ അതായപ്പോ പലായത്തുളവ് എന്ന ലക്ഷ്യത്തിനാ പലായത്തുളപ്പ് ഇല്ലാതെ നറുറത്തിൻ നല്ല കഷ്ടപ്പെട്ട ലോകത്ത് വന്നാലോ ഒരിക്കുന്നത് മുണ്ടിയിട്ടുമല്ല പറ്റേ കൊണ്ടൊന്നുമില്ല നിന്ന് നിന്ന് നിർത്തുന്ന പൈസ ചോദിക്കാം അപ്പൊ ഇശത്തിന് അവിടെ നിന്ന് അത്താഴ് ചോദിച്ചില്ല ആ വൈന്ന അഹമ്മദിക്കുറഭു അപ്പൊ അത് ഇച്ചു ഹിമാലാക്കിയെന്നൊരു കപിലിമാടൻ അത് മനസ്സിലെടുത്തിട്ടില്ല സ്വാദുമില്ല എന്നല്ലേ പറഞ്ഞ് ഇത് ഞാൻ അധിക്കുറഭു വിചാർ അതാണ് وَإِنَّمَا لِأَنَّ ആ ബൈസിന്റെ സഹേന്ദ്രിജാബിൻ അനിൽ ഹക്കായി അതീക്കത്തിലേക്ക് എത്തുന്നൊട്ട് ഹിജാബാണ് വാ ഹിജാബാണത് അതുകൊണ്ട് നീ ബൊടി ആ നക്സ് കൂണ്ടുപിടിച്ചു അതുകൊണ്ട് പിടിച്ച് തറവാദം നിൽക്കാതെ കാലത്ത് പാനീയത്തൽ ഈ നക്സാനും പാനീയത്താതിരുന്നതെങ്കിൽ ഹത്തിന് സുഖിക്ക് അണിതു ആ സനാദുണ്ടാക്കും എല്ലാ അന്ന ദിവസത്തും നിങ്ങൾ സുഖമായി തൊള്ളുമോ ആ ടൈം അമ്മ ഉണ്ടാവും അതിന് വേണ്ടുന്നോക്കുന്ന കൊണ്ടുവരുന്നിട്ട് കൊടുക്കും അപ്പൊ കുഞ്ഞിപ്പൊ ചോദിച്ചിട്ടുണ്ടല്ലോ കൊടുക്കുന്നു പലതുണ്ടല്ലോ ചോദിക്കാണ്ടോന്നുവെച്ചാൽ അപ്പൊ പല്ല് കുളപ്പിക്കാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് ഇന്ന സമയത്ത് എനിക്ക് ഇന്ന പല്ലുതാന്ന് ആ ടൈമാ വന്നത് തന്നെ ഇങ്ങനെന്ന് ചോദിച്ചിട്ടില്ല ഇച്ചിരി വല്ല് കുളപ്പിച്ചാൽ അനുസരിച്ച് നമുക്കാൽ അണപ്പല്ലു പോകണം കടിക്കാൻ മറ്റേ പല്ലോ ഇന്ന ചേപ്പില് പോകണം ആ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ആ ടൈമാകുമ്പോ ഇവനിക്കിന്നെല്ലാം പോകണം എന്ന് കണക്കാക്കിയില്ല ഇവരുടെ എല്ലാം കടക്കിട്ടുണ്ട് ഇനി ബാക്കിയെന്താ പിന്നെ മനസ്സിലായി നടത്തവഴി ി അന്നൽമർ മന്ദ ഇറക്കി മന്ദിരത്തെ ദാനത്ത് ഇറക്കിന്റെ ദവാമി ഹാഗൽ മകൻ നിലനിർക്കാൻ പാട്ട് ദവാണോ താമര സ്ഥാനത്താണ് മണായ തനാ ബലം ഇല്ല കഥാ ബിഹി അപ്പൊ ശിഫാന്റെ കഥകളെ മരുന്നുകൊണ്ടു വഹുവിഹി മാണക്കത്തിൽ അതിന്റെ ശിവാമ നിലനിർത്താൻ ആവശ്യമായ ൻ അതുകൊണ്ട് ദിക്കുറുണ്ടാവൂല ഹിത്തിമാമുണ്ടാവില്ല ഹിത്തിമാമ ആദ്യം പറഞ്ഞത് അറക്കെ ഹെത്തിമാമി വധിക്കുറപ്പറ പറയുമ്പോൾ അൻബു അതിനെയും വിട്ടായി വിമാവതിനാണ് അഹമ്മ വേറെ തായം കൊണ്ടൊരു ചുവലായിട്ടുണ്ട് അതിനാൽ ഒന്നിക്ക് ദിക്കറ് അല്ലെങ്കിൽ തിക്കറ് അല്ലെങ്കിൽ സുഹോട് അല്ലെങ്കിൽ മാമലത്തുണ്ടാകട്ട് വിക്രാന്തോടെ എനിക്ക് വഴിമാറണം നാവെല്ലാണ് ധിക്കര് അൽബിനാണ് ഫിക്കൂർ ബസറത്തിനാണെന്തള്ളത് സുഹോദുള്ളത് മറ്റ നിലക്ക് വന്ന അധിക്കൽ ഇസാനിന്റെ ഫിക്കർ കൽബിൻ സുഹോദർ ഊഹന്നെ അവർ ഭർത്തവന്റെ കേറ്റകളാണ് ചെറുപ്പം ഉണ്ടാക്കും അവർ തിരിച്ചു വന്നുകഴിഞ്ഞാൽ മഹാമലത്തും ദാഹുരത്തിലുണ്ടാകും എനിക്ക് സൈൽഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ സൈലിംഗിലായിരിക്കും അല്ലെങ്കിൽ സായീനെ നീന്തുകൾക്കരിക്കലായിരിക്കും അതൊക്കെ ഭർത്തന മുറിലായിരിക്കും അത് ആ മഹാമലത്തും ബാഹുരത്തിൽ ഇതിൽ പെട്ടേതെങ്കിലും ഒന്ന് അഹമ്മൊണ്ട് ചോദാക അവർ കഷതോപി അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവർ കരുതും അലപ്പാതി തക്കവെന്ന് വെച്ചാൽ പറ്റൂല ആ തകവ്യ അലപ്പാതി പാട്ടിന്റെ മോളിൽ ചക്രി വിഷന ഹക്കൽ ബഷരീരത്തി ബഷരീയത്തിന്റെ ഹക്കുകൊണ്ട് നിറവാണ് ഭക്ഷണം എന്തോ കൊടുക്കണ്ടേ ആ ഹക്ക് നിലനിർത്തല അല്ല തീയ്യ മാരി മാരി പണ്ടുകൊണ്ടിട്ട് മനുഷ്യന്റെ കമ്പിൽ പണ്ട് നമ്മൂടിയ ആ സിദിനെ അണിയൽ എന്നതാണ് ഇതിന്റെ കടമ അതിന് ഇവിടെ എന്തെല്ലാം ഇന്ധനം നിറച്ചു കൊടുക്കണം നല്ല പണി കൊടുക്കും എന്ന വാക്കുണ്ട് അതാണ് സൂചിപ്പിച്ചത് ശിഫാനെ കൊതിച്ചു ശിഫാൽ നത്തിന്റെ റോവനാതെല്ലാം മാറിയിട്ട് ആ സിദിനെ കണ്ടെത്തലാണ് ശിഫ വിട്ടൽ എന്നിവിടെ ഉദ്ദേശിച്ചത് ഐ ബിസ്തിൽ മുസ്ലിഹത്തിന്റെയും കേൾക്കാൻ പാടില്ല ആലസുളങ്ങി ഭക്ഷണമെന്നോട് പറയപ്പെട്ട് നാവിലെ താമസാണ് ജയിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ച് ആലപതിൽ അനില രോഗശമനത്തിന് കൊതിച്ചു കൊണ്ടിട്ട് ദവാ ഇനി അവർ അലയിൽ കഴിക്കുന്നില്ലേ അത് പോകാൻ എന്താക്കണം ശരീരം നിലനിൽത്തന്നെ ആവശ്യമായ ആ ഇതിനെ തിരിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചുകൊടു ഒന്നാറുവാല്ലേ അവരുടെ ഹമ്മല്ല ബിജം ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കുട്ടികളെ ഭക്ഷണം തയ്യാറാക്കണം എന്നത് അവരുടെ ഹമ്മല്ല അതിനുവേണ്ടി പോരെ അധ്വാനിക്കില്ലെന്നതും അതുമല്ല അപ്പൊ പതിലും മന്ത്രവും പതിലും വെച്ചാൽ മിച്ചം മഞ്ഞെന്നു വെച്ചാൽ കൊടുക്കാണ്ട് സ്റ്റോക്കുമൊക്കെ പതിലാകുമ്പോൾ അതുകാരെനിക്ക് കൊടുത്തില്ലേ ഇതൊന്നും ശുചിപ്പെട്ടല്ല അല്ല സംഭവം നോക്കി ചെയ്യാനോ കൊടുത്തു ഞാൻ ഈ അന്മാല അന്റെ അംഗം കൊണ്ടു അല്ല എത്തിസാർ കൊണ്ടുവല്ല അതാ അപ്പൊ എഫ്സാർ കസ്ബൂരി എത്തിരി അതാ പതുരി ആ എത്താർ എന്താകണമെങ്കിൽ മൂന്നാത്ര സങ്കൽപ്പിക്കണം എസായി പതിരി ചുതലും അല്ല ഐ പിന്ന കൊടുക്കല്ല എന്നിട്ട് പിടിച്ചു കൊണ്ടൊക്കെ ഉണ്ടല്ലോ അതാ മനുഷ്യൻ അതൊന്നും ഓടെ ചുതലല്ല ി അതിനപ്പുറന്ന് ലഹു വമന്തി കൊണ്ടുള്ള പൊതുലുകൾ മാോ എന്ന സോജാ എന്നൊരു സോജ മാഗോന്ന മൊഹമ്മദ് അബ്ദുൾ അഹ് ഒരില്ല ഇപ്പൊ ഇബിനാദുൽ അറബിയത്തിൽ മുത്തൈതാം ഇമാറാത്തുൽ അറബിയത്തിൽ മുത്തത് ആണ് അതല്ല മുൻപ് ഉള്ളതും ഞാൻ ലൗബൻ ഒരു മുഹമ്മഹി ബലാമേണ്ട ഒരു സൂനാവുട നിശ്ചയമാണ് പാത്തിനല്ലാജിനെ ഒരു മാമത്തും പാത്തിനു അലിസാണ്ടിക്കാണിക്കുന്ന് പറയുന്നത് കൽവിന്റെ നിക്കിലാണ് ഹിക്കു എന്ന് പറയുന്നത് നിക്കിനാണ് ചെറുതെന്ന് പറയും അല്ല നെവൃത്ത് നിന്നും പറയും പാലസ്വരം ഈ ഭക്ഷണം പറയുന്ന തമിഴ്നാഥാദികൾ തടസ്സത്തിൽ കണക്കിലെടുക്കില്ല ലിസത്തിൽ തന്നെ പോകോ വിട്ടോ എന്തേപ്പറ്റി പോവോ ഇതല്ല ഇതാണ് ആദ്യം മാറണ്ടതല്ലേ കണ്ടുപോയി കൽവിന്റെ അഴിവിൽ നിന്ന് ഏറ്റവും ആദ്യം മാറിക്കിട്ടേണ്ടത് എന്നതാണ് കണ്ടാമത് അമ്മ പലപ്പോഴെന്നാശിക്കോ അന്ന സ്ഥലം അത് ജനിക്കുന്നു മൊക്കെ നിശ്ചയമാനം ഈ തലവ് കൊണ്ട് നിശ്ചയമാണ് ഉറക്കവി മാണുകൊണ്ടും മത്സ്യ അതെല്ലാം ആണെന്നാണുണ്ട് തലമിന്റുഹാവും എത്ര എത്ര ദാഗത്തുണ്ടോ അല്ല തലമിന് വിതർക്കഹ അതിന്റെ രഥത്തിനത് ചോദിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ അന്നാറും എഴുതിക്കുഹ അന്നാറും തല എടുത്ത് കൊടുക്കുന്നില്ല അതുപോലെ വലിയ രഥക്കും അതിന് വളരെ കൂടെ അപ്പൊ നാദബ്ദോട് അതുകൊണ്ട് നീദ്യഹാക്കണ്ടോ പറയം അപ്പൊ ആ ചോദ്യം അയ്യമിൻ്റെ ചോദ്യത്തെ ഇത്തരല്ല ഒരു വേണ്ടാം വസാര വിവസന്നാറീവസന്നം എന്നുവേണ്ടിയും സാധനം ചെയ്യാറില്ല പമനുഷ്ടവനം ദിശം എന്ന സുഭാദി എല്ലാരെങ്കിലും വല്ല അസുമാതൊണ്ട് ഇഷ്ടമാനായിട്ടുണ്ടെങ്കിലോ അതല്ലേ ആ ശരിയാക്കാനും അവിടെ ആ നീരാട്ട് നീരാണ്ട് നീരാണ്ട് അല്ല അന്നിടക്കം നാട്ടിൽ അസുഭവുമായി ബന്ധപ്പെടാൻ അവന്റെ അസുഖത്തിലല്ലാതെ വേണം അല്ല അല്ലെങ്കിൽ പറ്റാടിപ്പൂര് അതിൽ നിന്ന് വന്നതും നമുക്ക് കൃഷി കഴിഞ്ഞാലും അവനായി ഈ ആവിഷയത്തിൽ ഉപനാ ആ അവർ വിശ്വസ്തന്മാരായ ഒരു പ്രസരമാവില്ല ആരാട്ടിച്ച് വരുമ്പോ ആവശ്യിച്ചു കൊണ്ട് വന്നാലോട്ട് അന്നവും മലക്കത്തിൻറെ ഖസ്ആനിങ്ങളെ അതൊരു അബയത്തുസ്തദീന सदरൽ ഖലൽ സദ്ദൽ ഖലൽ നനാം അംസൻ വർദത്രൈ പേചത്ര ഉടുണ്ടെങ്കിലും അപ്പോൾ ജാജിക്ക് ഇതിനെ അപ്പോൾ അതേമാരി ഒരു ആകാകും അപ്പോൾ റസൂലുമാ അന്ദരോ ദീവിസാലി വസുലുുന്നാഹു വദീസാലി ഹുദമാനന നിങ്ങള് കൊണ്ടുപോണ കൊണ്ടുദിവ്യ നക്ക റസൂലേ ഷമീരി റബിയ്യുള്ളാഹി ചോദിക്കപ്പെട്ടു സംസീ ഹംസൻ മിയൽ 1000 നരെകളെ കൊണ്ടുപിടിക്കാൻ വിധിച്ചിരിക്കുന്നു ിൽ ഞെ കമാക്കം കമാ ഒന്നേ എൺപത്തക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചക്ഷകമുണ്ടാൽ എത്ര കൊടുക്കണമെന്ന് സ്വകാരാകുപ്പോ അമ്മൽ ബാധി പോകും ആകരിക്കുന്നെങ്കിൽ പ്രസാത്തൊരാണ കൊടുത്തിട്ടുണ്ടെന്ന് അമ്മ എന്തിനാ അമ്മൾ എടുക്കൽ സ്വത്തലിന് പാടില്ല എന്ന് ശേഷിച്ചാൽ തന്നെയാണ് ഓരോക്കരത്തില്ല ചോദിച്ച് ദീരി പറഞ്ഞു അതുമൊക്കെ ശബരി പറഞ്ഞു അല്ലെ ദലീൽ അമ്മ പക്കറാവുന്നു പക്കാലാൻ പറഞ്ഞല്ലോ സൂര്യം പച്ച പിടിച്ച് കൊടുത്തില്ലേ അപ്പൊ അപ്പൊക്ക് ശ്രദ്ധിക്കുന്ന പറയാൻ പൊതൻ ഹവരാൻ അത് ശൈലി പറ്റ പുറത്തുമായോ ഇമാമുഹു അബൂബക്കാർ ഉമൻനാട്ടാ ബാക്കമാമു അറിയുമാൻ ഉമൻ നാട്ടാനില്ല ഉമനാദില്ല ഉമ തറക്കത്തിൽ അലിയ ഹലിയാ പൈമാമുഹു അലി മുൻപ് പറഞ്ഞിട്ടുണ്ട് ും നമ്മുടെ കൂട്ടത്തിൽ അല്ലതീർത്തനല്ലാം അല്ലതെന്താ ലൈസൻ്റെ ലൈറ്റ പ്രജുലു പ്രജുനല്ല അല്ലാതെ ഒത്തനല്ല എന്നിട്ടത് ഞാനിപ്പൊ കൈഫകൾ അഗ്രഹിക്കും കുഞ്ഞാ കുഞ്ഞാ ബോഡി വെച്ചു കൊടുക്കാൻ എന്ന് എനിക്കറിയാം എന്താ പൈസ അതല്ല വേണ്ടത് വൈനമ്മയോ അല്ലാതെ അത് ഉദാഹരണമാണ് ഞാനിപ്പോ കൈപ്പിംസിക്കുവാശകൾ കല്പകൂ വിഹാൻ കൽബിന്റെ ശോധാ മാത്രീന എന്നറിയാലാണ് ബജോ സാധന ഹിൻസാക്കിയാൽ ഇട്ടാൽ മതി ഉദ്ദേശിക്കുന്നു ഞാരി ആ ബില്ലായി വലിയ മാറി വന്നിട്ട് ആ ബില്ലായി വലിയ അമ്മ അമ്മാനെ കൊണ്ട് വാങ്ങുക അമ്മ വാങ്ങുക അമ്മാവനു അന്നാ കൊണ്ട് കൊണ്ടാന്നു വലുതാരിക്ക് പറഞ്ഞു െ പോലെയാണ് വലൈസൻസ് അയങ്ങി ഹസിനെ അയങ്ങി പാമ്പിനെ കൊല്ലല്ലെന്നതിന് പ്രത്യേകതയൊന്നുമല്ല എന്താകണം വശം തട്ടാതെ പോത്തി കളർത്തലെങ്കിൽ ഞാൻ അത് ഹയ്യായിക്കൊണ്ടല്ല അയ്യത്തനാണ് പാമ്പായിക്കൊണ്ടല്ലേ അയ്യത്തൻ ജീവനോടുകൂടി അതിനെ അല്ലെങ്കിൽ പാമ്പായിച്ചു ഇരിക്കുന്നു പിന്നെ ഞാൻ ഈ അയ്യത്തിന് അപ്പം പാമ്പുന്നില്ല ഇരുത യ്യത്തായിരുന്നു പാടി അതേകൊണ്ട് കൽബുശല മാത്രം ചോദിക്കപ്പെട്ടപ്പോൾ ഇരിക്കുക പേര് വെച്ചത് അതിനാകുന്നത് കണ്ണമില്ലാ കൽബിനെ انا كنت بقوله النهارده عندي يسألني وقتي قال وكانه شيء قبل مديره اللي نقوله ادو رديال لا نعلوه رديال ليه جراذتيل اذا قديه ده اسمها حلت فرغ سواحبها يعني هو جراذا ما قال لي അതിന്റെ റോസ് അത് കരാടെ പാടം എന്ന് വിളിച്ചു മൂസാ ഇന്റെ പഠിപ്പത്തിന്റെ അതേ ചോദ്യം മൂസാ ഇസ്ലാമിന്റെ പകരാക്കാം പത്തേ അനുവാൻ പക്കേണ്ടു പാലം നിരന്തോട്ട് അതിന്റെ കൊടുക്കണം കാരണം ചോറ് വെക്കണം ആവശ്യങ്ങൾ ഉണ്ട് ഓടി വന്നു അവരെന്താണ് പിന്നാലെ അഴത്തമിതീന്യാലി വലിയ ബീഹ മാറി അത്താ വീഹുണ്ട് പല ആവശ്യങ്ങളോട് പറഞ്ഞു എന്നാ പിന്നെ അപ്പൊ പുനക്കാർ നാത്തി ആറ് കയ്യ പക്കയോ കൈവട്ട് താഴെത്തും പാലക്കാട് അടുത്തപ്പോ കാലി കല് കല് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാമ്പാജമാൻ്റെ ചാടി നോക്കുമ്പോ ചാടിയല്ല ചാടിയല്ല മനസ്സിനൊടി തൊട്ട് മനസ്സിനെ കുത്തി കൊടുക്കുന്ന പാമ്പാകം ആകുന്നുണ്ട് അപ്പൊ പല അതിനെ തൊട്ട് ഓടി ും പിടിച്ചോ ഒന്ന് പഠിക്കാനുണ്ട് അതിലായി അല്ല അതിനു അനക്കൊണ്ട് വന്നിയാണ് അപ്പൊ തലത്തുല്ലാഭിനിക്കാം അപ്പൊ തലഹിക്കാം മുതലെ പിടിച്ചാൽ പറ്റിയൊരു അപേരെ പിടിക്കണം അല്ലാത്ത വിശേഷം ആദാന്ന് പറയുന്നു ും വളർത്ത കല്ലു ചുറ്റി ചെറഞ്ഞ് പോയില്ല ഇത് എത്ര വഹിക്കണ്ടത് നാലാക്ക് മതിയാ ഒരു കൂട്ടാനും അനന്തരത്തിനും വായിക്കണത് കൊഞ്ഞ് പരാതില്ല ആ ഗോഹോ അതിന് അയവാസില്ല വലഞ്ഞു പാത്രം ഗോഹോ അത് തരാം മുതൽ ചുറ്റും സാധനങ്ങൾ അത് അസൂദായ സാധനം അതാ അവർ അല്ല എസ്വ ത്തിറോനവുനവും ഹീനായാലും ശരി ആ ഹസീനൻ ഹസീനന്താ ഭാഗം അല്ലെങ്കിൽ എന്നത് അത് എന്താ കത്തിക്കണ്ടല്ല ി താഹിബിന്റെ കടീം ഓർഡാക്കൻ സ്വീകരിക്കും അല്ലെങ്കിൽ അത്താലി ആരവേന്ദ്രീ അല്ല ഭക്തനോട് കൂടി തലമോടുകൂടി താമീനോടുകൂടി കൂടി വരാറുണ്ടല്ല അത് കവിതത്തോടുകൂടിയ സ്വീകരിക്കും അച്ഛനെ കവിത വൈരഹി വയറിന്റെ മുമ്പായിട്ട് ഓറ് ചെന്ന് തുടങ്ങുന്നു അതിനാ തന്റെ ഹാത്തിനെ ആ വൈരന്റെ കാത്തിനുണ്ടല്ലോ ആ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല ഇതും കൂടാത്തവരുടെ കൂട്ടാണെന്ന് ചോദിക്കൊണ്ടും ഒരുപക്ഷണത്തിനോട് ചെയ്യും ആണതായിരുന്നു ആ മാസം ജനിച്ചതിന് ആവശ്യമില്ലാത്തൊരു അവഗണനയും മറ്റുള്ളവരുടെ അതുകൊണ്ടാൽ കത്തിറ അഭിപ്രതി അഞ്ചു കട്ടീറായി അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന അവർ സ്വീകരിക്കുന്നത് ഇർത്തി അത്യാഗ്രഹം കൊണ്ട് ആവശ്യമുണ്ട് എന്ന് കാണിക്കാതെ വെട്ടിയ വിമർത്തിയല്ലോ അതിനാ ചക്കന്നെ സാറേനി ബിന്ദു പോരൽബി രണ്ടാമത്തെ തായ്മട കൊടുക്കുന്നത് അയാൾക്ക് വലിയ ഒന്നും വന്നതാണ് അയാൾ ഓരോ പഠിച്ച താങ്കൾ കാത്തിട്ടാണ് അയാൾക്ക് പിന്നെ താങ്കൾ പരിചയം രീതിയിലും വന്നത് ഓർഡർ ഉണ്ടാവുന്ന യും കണാ വെളിപ്പെടുത്താൻ വേണ്ടി ചപ്പക്കത്തന്നെ ഉള്ളത് പറഞ്ഞു ചപ്പക്കളെ പറഞ്ഞു ഈ ഭക്ഷണം തരുന്ന താഴെയോട് ചപ്പക്ക പെട്ടിനി അയാൾക്ക് ഋഷു പാടിയാണോ വല്ലാൻ പാടില്ല അതായത് എന്താണ് വട്ടാടിച്ചാലല്ലേ പണി ില്ല അത് വലിയ ആവശ്യത്തിന്റെ തന്നതി എല്ലാരും നോക്കും പോയി അങ്ങനെ ശോചിക്കാതെ അത് അറിയപ്പെടുന്ന ആവശ്യം വൈഭവം ഇനി വന്നിട്ട് വളരെ പഠിക്കട്ടെ തോന്നുന്നു കലാകാത്ത നല്ല വല്യ പട്ടവർക്ക് ഊപ്പർ ജോലിയുടെ ആവശ്യവും അതിനുള്ള കളിക്കുന്നില്ല ഇന്നല്ലേ من نادى بيننا ان لا ييؤتامن ولا يكبلوه ان ذلك يدل على شره الذي ارت عليه وقد تقدم اه இதோ जरा وقد تقدمാണ് ചേതണ്ടല്ലേ એટલે وقد تقدمാണ് അല്ലേ ഇതെന്താ وقد تقدمാണ് ശരഹീ ഹസ്നപ്പെട്ടി തരീലാണെന്ന് ഒന്നും പറഞ്ഞില്ല അതൊന്നുമില്ല അതിപ്പെട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നേ ഇതാ തന്നെ പറഞ്ഞിതി നിങ്ങക്ക് റുഹാ ചിലോടേനെ പറയാതിരിക്കേണ്ടതായിരുന്നു ും അവർ സംശയിക്കപ്പെട്ട കാര്യം എന്താണോ അത് വരുന്നത് വരെയും അവർ നടക്കുന്ന വായ്പങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതന്നെ വഹാഗം മാത്രമല്ല പത്തു നദീൻ്റെ നദീനോന്നാലും വാഹനങ്ങളുമായി തന്നെ കാരണം പറ്റും അത്ര ഇല്ലാത്ത താങ്കൾക്ക് പറ്റിയില്ല കൊന്നുവല്ല കടക്കണം കയറിയാൽ പോകുന്നില്ലേക്കാരെ കണ്ടു എല്ലാവർക്കും അതായത് നീറ്റിനാട്ടിന് ആ എല്ലാവരും അതിനൊക്കെ പ്രശ്നം ആരെങ്കിലും ഇതിനെ അറിയാനുണ്ടെങ്കിൽ ഇതിനെ അറിയിക്കാനായിട്ട് കേറ്റി വെച്ചിട്ട് അപ്പോൾ എല്ലാ ആരെങ്കിലും എന്തോ കാരണത്താലേ ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടേ നമ്മൾ ഇതിൽ വന്നിട്ടുണ്ട് വല്ലം നിങ്ങളെന്തോ തബാനും വാക്കാത്രബോ അйна തആമ ഇന്ദലതമ യംയക മഖ്സൂറൻ ഇന്ദറുന്നാറൾ거든요 വനയ സബവന ബിശാരിഹി മബറ റസൂലി യഅ്തരിബൂ തര പ്രിച്ചാ മാത്രം മഖ്സൂറല്ല ബൽ കാൻ ഉവൈൻ അൻ മതഹോരീന വരിക്രീനൗലാകും ലാ യൻതകിതുന ഇലൈഹി ഇന്ദൽ ഇസ്റാഈ െ ഓർക്കെന്ന ഒരു മുനാവറത്തെ ചടങ്ങുകളും ഒരിക്കില്ലാതെ ഈ ചെറുവാത്ത ഇന്നമാ ജോലത്തിൽ ചിലവാതെ ഉറപ്പായി കൽക്കിയ പടത്തോട് പക്ഷേ അയപ്പായത് ി എപ്പോലും ആ മഹജൂപത്തന്നെ ശഹവാസമായിട്ടായ കണ്ടുണ്ടോ എന്നറിഞ്ഞ് പോലും എന്നായിരിക്കുന്നു പറഞ്ഞു തെനീന കൊറേ കാലം കൊല്ലം പക്ഷേ പറഞ്ഞു ില്ല ഇപ്പൊ മണല തുക ഞാനും പിടിച്ചില്ല അറിയത്തിനാണ് ഇപ്പൊ എന്താ പറയുക തൊണ്ണ ദിനൊന്ന് കാണിച്ചല്ലാതില്ല ഒന്ന് കാണിച്ചാൽ കലാരത്തിനെ നോക്കിയിട്ട് വരാൻ അങ്ങനെ സംബന്ധിച്ചോ ആ തെളിവെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ പാട്ടേക്കുവാൻ കൊടുത്തിട്ടില്ല ഇതാണ് നീ കൊടുത്ത് അയാളെ നോക്കിയിട്ട് വയ്ക്കും ജൂന്റെ ഒരു പൗരത്വണ്ട് താച്ചുമായി അതിന് ആഹ്വാനിക്കുന്ന തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് ആ തടക്കത്തിന് ആ പൗരത്തിനടക്കിയെന്ന് ഞാൻ നോക്കുന്നില്ലല്ല ഇന്ന് എന്തുകൊണ്ടെങ്കിൽ അറിയപ്പെട്ടതും അലയിനെ ഇല്ലാത്ത ജോയിനെ അടക്കി നിർത്തുകയാണ് എന്നാണ് ഞമ്മക്ക് ഓരോ അറിഞ്ഞില്ല അതുകൊണ്ട് പലതിമാരെയും സയീബിനുള്ള റവിയോ സയീബാണോ റതിയാണോ അന്നോ സയ്യം ഇല്ലാതെ ഇതൊക്കെ ബാണം കേട്ട് ഹറാമൻ ഹറാമാകാത്ത വർഷം ിൽ മതിരിമാകാത്ത തലത്തിലേക്കുമാണ് കണ്ടാ മണിക്ക് വടാനുപാടി നന്ദരി എന്തുകൊണ്ടാണ് വെച്ചപ്പെടക്കിയത് അത് നോക്കണ്ടതില്ലാതെ അറാവാൻ പാടില്ല മദലിന് തോട്ടമുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അത് പറ്റിടാ അറബനാകുന്നില്ല അല്ല അറാമത് ുംക അറോ തനാഗുരുതും പല അറോമനാഗുരുടെ ഹറാമും തനാഗുരു രണ്ടാമല്ലേ അപ്പൊ നേരത്തെ പറഞ്ഞു വച്ചു കിട്ടി എന്തായിരുന്നു അറോ തനാഗുരുന്ന് കാലിക്കുന്നു അത്ര തണ്ടീരും അല്ല അറാമ തനാഗുരു കാര്യം ഇരുപത്തിരുന്നു കേട്ടോ വളയിട്ട തണുപ്പ് പോകുമോ അപ്പൊ പത്തറച്ച മുതിർവായ സാധനം ഒഴിവാക്കൽ എന്തല്ല കാപ്പിന്റെ പാട്ടുള്ള സാധനം അല്ലെ നോക്കാനായിട്ട് നോക്കാനെ കണ്ടാ തന്നെ എഫ് ചെയ്യാൻ അത് അവിടത്തേക്കെന്തായാലും നൈ എസ് അങ്ങനെ തറവീന്ന് വേണ്ട വന്നത് അവിടത്തേക്കായ സാധനം ഒഴിവാക്കല തണുപ്പല്ല വൈകുന്നേരം ആക്കിരിക്കുന്നത് എന്നാൽ ഏറ്റവും പെട്ടത് മുതിരുന്ന ഒഴിവാക്കൽ അതെറിയും ആ ചെന്നാ ഹവാസി മക്കളോ കാത്തി അവന്റെ മക്കളുടെ കാത്തിൽപ്പെട്ട ചില കാലത്തിന് ചില ഹവാ ചെറുത് വീട്ടിൽ വാഴ ചെറുതും ചെറുതിൻ്റെ ആ കവാസം പ്രത്യേക മക്കളെ കാർട്ടുന്നില്ല മക്കളുടെ ചിലതിന് ചില ഹവാളിക്കും ആ കവാത്തിനോടൊപ്പം ഇപ്പം നമ്മൾ വേറെ വില കഴിഞ്ഞിട്ട് കണ്ടു തരാം അപ്പൊ അല്ലാതെ ചിന്തത്തിനോടൊപ്പം ഞങ്ങളുടെ മക്കളുടെ പെട്ടതിന് ചില പാപ്പ് കൊടുത്തിട്ടുണ്ട് ആ പാപത്തിനോടൊപ്പം നമ്മളെ സഞ്ചരിക്കാം അത് ഇത്തരത്തിലുള്ള പ്രശ്നം അതെ എന്താ പറയാ ഗ്യാസിൽ വരുന്നത് കഥ അപ്പൊ ഗ്യാസിന്റെ അന്താ എന്താ ചിന്തിക്കണം വമാവസാനം അന്നാ പിന്നെ ചിലപോലെ ചില കഥകളാണ് നോട്ട് കളിക്കുക അത് ഓരോ അതാ വമാവസാനുള്ള അങ്ങനത്തെ ചിന്ത ഇരിക്കാത്ത കുടിക്കുന്നത് അതൊന്നും ഇല്ലാതെ അഹമോ ഓരോന്ന് അയാളെന്താക്കണം അതടി അയാളുടെ വിസാത്ത ഭയങ്കര ഞാനിപ്പോൾ ആണിക്കുന്നതൊക്കെ ചെയ്യും ആ ബെക്കത്തിനൊക്കെ മാറ്റുക അതുകൊണ്ട് പല ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ആവൂല ഏഹ് നൂറ് ആളായിട്ട് എന്തോട്ട് എന്ന കിട്ടുന്നവില്ല അടുത്തപ്പോഴത്തെ നടക്കട്ടെ ബസ്സാൻ തുടങ്ങിയതല്ല ഓരോ എന്താ പറ്റില്ലേ إِلَّا يَثِيرًا قَدُرَ مَا تَيَثَّرًا إِذِ الْحَلَالُ الْمَعْلُقَ تَعَذَّرًا نمنا قومي دم يستسرعو تعامل ولا تتعامل إلتفار دي الله أطلب الضوء أول سنة نعود سرطة إذ طوح إذن أول سرطة إذن أول سرطة مال لنموات رمال حلال حرام حذنا تنري مبرو برحي حرام ولباك لبننا تنري لنه ഹലാൽ എന്തുകൊണ്ട് ഒഴിവാക്കി അത് പ്രസണം പറയും ഹറാം ഏതായാലും ഒഴിവാക്കേണ്ടത് തന്നെ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹലാൽ അങ്ങനെ സർപ്രൈസ് കിട്ടൂല അതുകൊണ്ട് അത് കഴിഞ്ഞത്തെ കുറച്ചു പിടിക്കലും ഇത് പറയും അതാ ഇല്ല വളരെ എളുപ്പമായ രീതിയിൽ കിട്ടുന്ന കുറഞ്ഞതൊരിക്കൽ ഹലാലിൽ മഹൽ തട്ടഹ മഹലനായ ഹലാല് ഇന്ന് മുത്തഹദരായി മാറിയിരിക്കുന്നു കിട്ടാകനിയായി മാറിയിരിക്കുന്നു എന്നാ പറഞ്ഞു കൊടുത്തു നമ്മുടെ കൗന്ന് ഒരു സാധനത്തിനെയും മറ്റൊരു വക്കത്തിലേക്ക് എത്തിയഹാറാക്കി വെക്കാറില്ല വൈന്നമാക്കാനും ഉയർത്തതോനെ സദനഹാരത്ത് മാത്രമേ അവർ എടുക്കിൽ വക്കൂ ഈ വക്കത്തിൽ ആവശ്യമുള്ള പങ്കുതി മാത്രം മിച്ചം വരുന്നത് കൊണ്ട് അവർക്ക് വിതക്ക് കൊടുക്കും എന്നാണ് ഈ പനി അർത്ഥം സംഭവം അതാണ് ചുരുക്കം ചില സമയത്ത് മാറ്റി വെച്ചിട്ടില്ല എന്നല്ല അതിന് പറഞ്ഞുണ്ട് അതാരെങ്കിലും വരാൻ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇനാത്ത ശക്തികളെ ഒരാൾ കാത്തിണ്ടാവും അവർക്ക് പറയുന്നതിൽ ഇനാലത്തിൽ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 ആഴ്ചയിൽ ഇപ്പോൾ ഭക്ഷണം കൊണ്ടാന്ന് പറഞ്ഞു പാലയാൻ തമ്രലിനുള്ള ഒരു കൂമാരമല്ലാതെ വച്ചു തന്റെ കയ്യിലില്ല ഹബ്ബർ ചുവിലക്കാൻ ആ തങ്ങൾക്ക് കൊണ്ട് സൂക്ഷിച്ചു വെച്ചതാണ് അപ്പൊ ബിലാൽ എന്താ അവൻ എന്താക്കി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കാല അപ്പൊ തങ്ങളെന്താ പറഞ്ഞില്ലോ മഹാതക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹി ഈ നാര ജഹന്നം നീ പേടിക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസ്ബ് ജിയ്യന ബിനെച്ചാ ആ മരിച്ചു വെച്ച കുമരണ്ടല്ലോ അൽ നാര ജഹന്നമലി ഹസ്ബ് ജിയർ ലേനെ പേടിക്കുന്നില്ല സഅ അത്രേ കൊറകളോണി പ്രശ്നൈ പോയി നേട거든요 എനിക്കണ്ടി ആയരും വെച്ചില്ല അതുകൊണ്ടാണ് ഫിതിയാവില അൽ ദുരാല യതലൈ മൈക്കറ വലാ തഹമിൻ ദിൽ അർശി ഇഖിലാന അർശോടേയതായി അല്ലാഹു വക്കൽ നിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കുറച്ചു കളയും ഇത്തലാൽ അതല്ലാതെ കുറച്ചു കളയും കുറച്ചു കളയും എന്ന നീ പൊടിക്കുന്ന മെഡത്തിൻ്റെ ഇത് കിട്ടിയത് വാക്കിയൊക്കെ ഉണ്ടു അവ ആവശ്യത്തിന് നേരിട്ട് തരും ഒന്ന് കുറച്ചു കളയും ഇല്ല അതീ പൊടിക്കണ്ടാകുമ്പോൾ സബുറന്നു പറഞ്ഞില്ലേ അല്ല അവ സുബുറന്നല്ല ജന് സുബുറത്തിൽ സുബുറത്തിന്റെ ജന്മമാണ് സുബർ വഹുമാ കൊതിച്ച മിനത്തം ഈ വായിലി മിന്ത്രലി മതിനിമല തൈലിൽ അളവോ തൂക്കമോ നോക്കാതെ കണ്ട് ഇങ്ങനെ ഒരു കടത്തിലെടുത്തു നോക്കിയിരുന്നല്ലോ ادا صبور بيقول ورغبي ما كانما سري سي رضي الله عنه رايتي لما سورا رايتي هذا المعنى بريد فيه رايتي فكان ولا تأت مما لا يفاريك قبضه قديم تجودي لنحدي دائم طول قتلين ابو بكر رضي الله عنه بيقول ادي ارتم بيرن بيتا വരാത്തക്കും നീ അവണ്ടിമ്മൻ ഒരു കൂട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളും ആയിട്ട് പിരിയാത്തൊരാണ്ടല്ലോ അപ്പൊ എപ്പോഴും കുബദ് സൂക്ഷിച്ചിട്ട് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുബുദ്ധ് പിരിയലില്ല ആ കൂട്ടത്തിൽ നീ അവണ്ട എന്തുകൊണ്ട് സ്വതീമത്ത് ജ്യോതിൽ ജ്യോതിൻ ആകുന്ന മഴ ഒന്നാന്റെ ഭക്തന്ന് കിട്ടുന്ന ജ്യൂതാകുന്ന മഴ ഉണ്ടല്ലോ ഔതാര്യം എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നതാകുന്നു മഴ എന്ന് പറയില്ലേപ്പങ്ങനത്തെ മഴയാണ്പോ മലത്തൽ അരത്തില്ല പൊടിക്കുന്നു പണ്ട അതിന് ശരാഹ പറഞ്ഞു അഹമ്മദ് ബിൻ ജോസഫ് റായ് കെമ്പിളുടെ റായത്തിന്റെ അതന്നെ അതിൽ പറയുന്നു പറഞ്ഞു എപ്പോൾ മുസന്നിഫ് പറഞ്ഞത് പല തക്കുൻ അയ്യുഹൽ മുരീദോ ബുഹും നീ മുരീദ് നീ അവരുടെ കൂട്ടത്തില് അങ്ങനത്തെ കൂട്ടത്തില് ഹമ്മപ്പോൾ അൽ മൊലാദിമീനും ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ എപ്പോഴും നടക്കരുത് बिन المطوب هذا الضيف كل وقتي معوان الله وسرته انرمي عوانا بل بن الله عمر يثبتي بنبيك تثبتي اذا لو نياوان ياوانلا يثبتي بنبيك صلى الله عليه وسلم تغرد بنتيقول فيكوني دان لا يدخل لي غدين غدين اكون مخدار دير الا എന്ന വിഷയത്തിൽ बिनത്തിക്കോളിൽ നമ്മൾ ആഴ്ചക്ക് രണ്ടാഴ്ചയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അല്ലം മരوريരണ്ടി ഞമ്മൾ സോഫിയാക്കൾ അയച്ചില്ല നമ്മള് സോഫി ആകെ പഠിക്കുന്നേ ഉള്ളൂ ആയിക്കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാ വേണ്ടത് അത് ഹയ്യാലിമാറ്റുണ്ട് ഹരാലും ഒത്തയക്കനാണ് വേറെ സ്ഥലത്ത് പോയ എത്ര അനാളി കിട്ടൂല എന്നാണ് ഇദ്ദേഹിനെതിരല്ല മറ്റൊന്ന് അങ്ങനെ അയ്യാലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പാത്രത്തിന്റെ അനുഭാവനടുത്ത് വരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എതിരല്ല എന്നെല്ലാം ഊപ്പർ പറഞ്ഞിട്ടുണ്ട് ഊപ്പർ സൂഫിയാന്നുണ്ടോ ഒസാദിമാമ സൂഫിയല്ല വരുന്നത് ണ്ടല്ലോ നെഹ്ലി ഓദ്യാ നിങ്ങൾ ഈ ചോദ്യത്തിനെല്ലാം മറോടി അറിയാറുള്ളത് മറ്റുള്ള ഒഡക്ടർമാർക്ക് ചികിത്സിക്കാൻ കഴിയാത്ത ഇരട്ട ശിപ്പ കിട്ടും തങ്ങൾ അതിനൊന്ന് നിരോധിക്കലുമുണ്ട് അതാ ഏതുപോലെ ബിമ്പിക്കോ കമത്തക അഭിദാനിക്ക ഈ അസമിയ ആ വിഷയത്തിൽ നബീസ്ല്ല അലി വസ്ല്ലമ്മ തങ്ങളോട് പിൻബെറ്റിയിലെ ആ ഒരു ഉമ്മത്തിൽ നിന്ന് അക്കമിയാക്കലായ് ആ പിമ്പറ്റിയതുപോലെ നീ ബിംബറ്റിക്കോ എന്ന് മുമ്പ് പറയുന്നു അല്ല നീ എങ്ങനെയുള്ള അക്കമിയാക്കലാണ് ഉമ്മത്തിൽ അറച്ച സുലൂക്ക് തരീക്ക് ഓറ തരീക്കുള്ള സുലൂക്കാണെന്ന് നീ ഉദ്ദേശിച്ചത് അതുപോലെ അവരുടെ ഹതിയെ കൊണ്ടുള്ള എത്തിയതാ ഹിതാതി സിദ്ധിക്കാനും ولا عنفط الى ما لها انه النبي صلى الله عليه وسلم بيരോധിച്ച ഒന്നിലേക്ക് നീ കുട്ടലരി പോണ്ട വാന്ത다가 പതന്തതു മിനൽ അസീമതി ലുഖസതി അസീമതി ലുഖസലേക്ക് ഇറങ്ങി പോകും എത്രത്തിൽ വബിനൽ വരി ഇരന്നിബാഹതി വരിൻ മിനിബാഹതി ലേക്കും ഇറങ്ങി പോകും അപ്പം സലിഖ ബിന ഹലറ കന്ന കൊണ്ടേ അഖദു ബിഹവത മഅസീമതി അസീമതു ലുഖസതു ലുഖസ ഒന്നും മുടിക്കാൻ പോകുന്നില്ലാണ് ലുഖസ എന്നുള്ളത് വിട്ടുവച്ച അളവ് അല്ലേ വലായ ജി ഒപ്പൊ നിന്റെ വക്കൽ നിന്ന് ഒന്നും നേട്ടം ഉണ്ടാവൂല അപ്പൊ പിന്നെ സംശയമുണ്ടാകും അതിനുള്ള ദീൻ മത്വം ഒന്നും കൊടുത്തിട്ടില്ലേ അന്ന് ഒരു സംശയത്തിന് മറുപടിയായിട്ട് തെളിവ പറയുന്നു നിങ്ങനെ ചെയ്യട്ട അപ്പൊ സംശയുണ്ടാവും കിട്ടണ്ടായിട്ടില്ലെങ്കിലും അല്ലേ അപ്പൊ വലായത് ഇപ്പൊ എന്നൊക്കയ്യു ഹൽമീതു ഹൽഅമിഹാദ ഇതുകൊണ്ട് അവൽ ചെയ്ത അവസരത്തിൽ നിന്റെ മനസ്സിൽ കടന്നുപോകരുത് ഇന്ന് കൗരുകൽ തറ അന്നരിതുക്കം ഭാവി ഇത് മാധനുക്കാലി തറ അന്നരിതു നീ കിട്ടു കിട്ടാത്തവനായിരുന്നു താളിയാണെന്നു മാ അന്ന മാു നീ കിട്ടത്തില്ല തട്ടക്രം ഭാവി നിനക്ക് ആഹാരം വയ്ക്കുവാനുള്ള കുമ്പത്തെ സിദ്ധിക്കുന്നു അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ കൂത്ത് ഭക്ഷണം വായിക്കഴിക്കുന്ന ഒന്നായി തത്തക്രമം പറയുമ്പോൾ അർത്ഥം കൊടുക്കുന്നു പറ്റൂല തത്തക്രം തൂന്നുള്ളത് കഴിഞ്ഞ മാ എപ്പോ ഭക്ഷണത്തിനെ ബാക്കി വരുന്ന കൊടുത്തു കഴിഞ്ഞാല് കൊല്ല കിട്ടാണ്ടായിപ്പോ ഇത് നീ കാണുന്നു അതിനെ മരിച്ചു കിടക്കണ്ട അരി കൊടുത്താതെ എന്തുകൊണ്ടാണ് എടിക്കണ്ടെന്ന് പറഞ്ഞത് ഇവന്ന കത്തറില്ല അതാണ് ഫീമത്തുവിന്റെ ആ ഉത്തരവാദി ഫീമത്തു ഹത്ത് പറയുന്നർത്ഥം അന്നാമധർമ്മത്തിന്റെ കത്തു കഴുത്തുള്ളി ജൂലി അത്സിബാബ് എപ്പോഴും പോലീസ് ചെയ്യുന്നതാകുന്നു ഇൻസിക്കാബുവാണ് അത് അഹമ്മത് ജമിയ മിന്നത്തുഹോ അവന്റെ മിന്നത്ത് മുഴുവൻ പടപ്പുകളെയും അമ്മാക്കിയിരിക്കുന്നു എന്നത് അമിന്നത്തുനോ മിനനുഹൂന്നുഹോ അമിനനുഹൂന്ന് അത് അതെ അതുകൊണ്ട് തന്നെ അവരുടെ വായിച്ച് നോക്കി തിരിയല്ലേ ചിലണ്ടല്ല قَالَ فِي النَّوَادِي فِي مَحَارِقِ السُّورَةِ وَرْدِي إِمَامُ يَقُولُ مِنَ النَّاقِسِ فِي الصُّوفِيَّةِ الْإنفاقُ وَمُغَيِّرُهُ الطَّعْرُ يَا ذُرْدُكُمُ بُرْتَا ذَرِيدِ خَيْرَ الْمَارِقِ الْإنفاقُ يَجِيءُهُ ذَوْرُ صَوَابَتِ الْفَتَاقُونَ وَنِئ وَتَرْكُ الْإِتِّجَاهِ انْتِجَاهِ أُولِ وَاتَلُم أذُ الْإنفاقُ نُوقُ بِهِ وَذَلِكَ أَذَنْ دَأَ أَنَّ الصُّوفِيَّةَ جَرَى تَزَايِنُ مَصْبِلِ الْحَقِّ ഹത്ത് സുബാൻ്റെ ഔദാര്യത്തിന്റെ സസാർ കാണുന്നത് അതിനാണ് അവർ കാണുന്നത് ഹത്തി ഹത്തിന്റെ സദാനിയാണ് അവർ കാണുന്നത് അപ്പോൾ ഇവര് ഈ സൂഫിയായ വ്യക്തി ഈ മതാപതി മൊഴുത്തന്റെ സ്ഥാനത്താണ് മുഖീമിനാ ഷാസി ഇബ്രാഹീൻ ഒരു സമുദ്രത്തിന്റെ കരക്ക് താമസിക്കുന്ന ഒരാളെ മാതിരി വെള്ളം കിട്ടണ്ടായിപ്പോ പാനീക്ക് ഓരി വെക്കുന്ന ആരെങ്കിലും പറയിലുണ്ടെന്ന് മോൽമുഖീമാരാ ഷാത്തിയിൽ പറയൽ ആയിരം മാപ്പി ചെറുപ്പത്തിങ്ങി ഓവിയെ തീങ്ങി തോൽപാത്രത്തിലോ കുടിക്കാനുള്ള ജാടിയിലോ ആരെങ്കിലും വെള്ളം സൂക്ഷിച്ചു വെക്കാറുണ്ടാവും വന്നാളം കിട്ടുന്നോ എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞ മാതിരിയാണെന്ന് പറഞ്ഞാനെ കാണുന്നത് അവർ തവപ്പിന്റെ കൂടെ പാചകം ാണ് തരാ തേണ്ടതുല്ലല്ലേ അപ്പം എറാ സദാന പതിമത്തെ ഹക്കൻ മത്തിൽ കത്തല കൊടുത്തിട്ടുണ്ട് അത് ചോദിച്ചു അത് നോക്കിയിട്ട് വഹിച്ചല്ലല്ലോ അത് ഈ സോറവദിമാമിന്റെ നേരെ ശിഷ്യനാണ് ആര് ഈ റാഹിത്തിന്റെ മുസലീഫ് അബ്ദുൽഖാദി ലാൻ ഈ റബിറിന്റെ സലീഫയായിരുന്നു പിന്നീട് സോറാവീമാമി രംഗത്ത് വന്നപ്പോ മൂക്കർ സലീഫയായിരുന്നു റായിത്തിന്റെ സുറൈശി അതി ഫാസില്ല പറയുന്നു അപ്പോ അവാരിഫയാണ് ഗൂപ്പർ ഏകദേശം അസിലാക്കിക്കൊണ്ട് വൈറ്റ്ണ്ടാക്കുന്നത് അബ്ദുൾ ഖാദിന്റെ യോഗത്തിൽ തന്നെ മോനാണ് അവടെ ദർബി തന്നെ ചെയ്തത് ഗൂപ്പറീ കണ്ടിട്ടുണ്ട് മോഹൻ അബ്ദുൾ റസാഖുണ്ടല്ലോ അബ്ദുൾ ഖാദിനാണ് മോഹനല്ല അബ്ദുൾ റസാഖ് അബ്ദുൾ റസാഖ് ദർബീലാകാൻ പറഞ്ഞത് ഇല്ലാ മോഹനമല്ലോ ൾ റിപ്പോർട്ട് ചെയ്തു അന്ന ഗോക്കാല നബീസും പറഞ്ഞു ആ മിഞ്ഞോമിൻ ഒരൊറ്റ ദിവസവും ഒഴിവില്ല ഇല്ല മലക്കാലി രാധിയാനീ രണ്ടു മലക്ക് വന്നിട്ട് വിളിച്ചു പറയും പഴപ്പോഴും മലക്കാതിൽപ്പെട്ട ഒരാൾ വിളിച്ച് ആരാണോ ഇൻസാക്ക അവന് പകരം കൊടുക്കുകയാണെന്നേ എന്നത് വാ ചെയ്യും വയപ്പോലെ ലാഹവും മറ്റേ മലക്കുദ്വാരക്കും നന്നാവും മാറ്റി വം ചിക്കൻ തലപ്പാ ആരാണോ ഇൻസാക്ക് ചെയ്ത് ബഹീത്തരങ്കാട്ടെന്ന് അവന് നഷ്ടത്തിനെയും കൊടുക്കുകയാണെന്നേ എന്ന വാ ചെയ്യും വളവ അനുസന്ധം പറഞ്ഞില്ലല്ലേ പക്ഷെ അത് ഇവർ ഉദ്ധരിക്കുമ്പോൾ അത്യാവശ്യം പറയട്ടെ നൽകപ്പെട്ടു കുറച്ച് പക്ഷികളെ തങ്ങളെ ഹാദിമിന്ന് കൊടുത്തു ഒരു പക്ഷിനെ കൊടുത്ത് പലമ്മൂ പിറ്റേക്ക് ദിവസം വന്നപ്പോൾ അത്താ ഹോബി ഹാദിം ആ പക്ഷിയേറ്റ് വരുന്ന അപ്പൊ പക്ഷികളുണ്ടാക്കി തിന്നാണ്ട് ശ്രദ്ധിക്കുന്നവണ് അല്ലേ റസൂറു ഫലം അന്നക്കാൻ ാളേക്കൊന്നും ബാക്കിയും ഒളിപ്പിച്ച് വെക്കണ്ട ഞാൻ ഇന്നോടന്നെ പറഞ്ഞു നീന്തെങ്ങനെ അതിനെ ഒളിപ്പിച്ചുവെച്ചത് അമ്മീൻ ഓരോ നാളേക്കുള്ള ഋതുക്കമാറും അന്നു കൊടുക്കുന്ന ഋതുക്കുമാറാ ഓർമ്മ ഞാൻ ഈശാർ ഈശ്വര ഏത് മാറ്റി എന്തെങ്കിലും കിട്ടിയാ തോന്നുന്നു ഹൈസ്വാൻ അവിടെ നോക്കും വലം ഞെക്കില്ല വലനോ മരിച്ചു കൊന്നൊരു കുട്ടിയിൽ അദ്ദേഹം കുട്ടിയില്ല വനായു നൈറ്റു ഒരു വീടുമില്ലായ സുറബ് സറാബാക്കപ്പെടാൻ ഒരു വീടും ഇല്ല വനായു ഹബ്ദിൻ നാണേറ്റ് വേണ്ടെന്ന് സാധനം സൂക്ഷിക്കലൂല്ല നമ്മുടെ ബാബു ഹമാസ ഇല്ല അദ്ദേഹത്തിന്റെ ഹമായ മുഴുവൻ ഇവിടെ നടക്കുന്ന അമ്മാന്റെ ഹസാനില്ല നിൽക്കുന്നു അമ്മായി ഒളിപ്പിച്ചോക്കപ്പെട്ടെ ിച്ചില്ലേ അവന്റെ ഒളിപ്പിച്ചോക്കപ്പെട്ട സാധനം മുഴുവൻ അന്തനിലേക്കാണ് എന്തുകൊണ്ട് കൊണ്ടുള്ള സെക്കത്തു മുസൂക്കു കൊണ്ടും അങ്ങനെയാണ് യെസൂക്കിന്റെ മനായിട്ടുള്ള മസ്തകമല്ല സിഖത്ത് വസിക്കായ് സിക്കു അങ്ങനെ പറഞ്ഞു ഓക്കാൻ ഇസ് ഖാൻ അപ്പൊ സിഖത്തിനെന്താക്കും അതൊക്കെ വാതകരാക്കൂ ോ സിഫത്തിന്റെ അസുരമാർദ ബാബു കളഞ്ഞാ കൊടുക്കും ഇപ്പോഴോ മിക്കത്ത് എന്ന് പറയുമ്പോൾ വമുക്ക് എന്നാണല്ലോ അസ്തമസ്തർ രാമസ്ഥ ഹെക്കിൽ മിക്ക നമ്മളെ ജലാരീതി മിക്കത്തന്നെ വമിക്കാതെ സ്നേഹിച്ചു എന്നാണല്ലോ വമിക്ക് മിക്കു അമിതമായി സ്നേഹിച്ചു അല്ലെ മസ്തറാണത് മിക്ക് ബാബു കളയ ഇപ്രാവ് കൊടുക്കാം അപ്പം ഇപ്പത്തായി സോഫിയം എന്ന് ചോദിക്കണം ദുഞ്ഞാബ് താഴെ കുറുമത്തി പരദേശിയുടെ ഒരു വീട് പോലെയാണ് അന്യനാട്ടിൽ പോയിട്ട് വീട്ടിൽ താൽക്കാനാവസ്ഥ ആളുണ്ടെങ്കിൽ പറഞ്ഞെങ്കിലും വനാലവും പിന്നെ എസ്തികത്താറും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എസ്റ്റിക് ആറും ആവശ്യത്തിൽ കവഞ്ഞ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നോ അതുമില്ല ും കമാറുക്കുറു നിങ്ങൾ എങ്ങാനും അതിന്റെ മേരിൽ ഹക്ക തവക്കുലാക്കിയാണെങ്കിൽ അസൽ തവക്കല് പോലുണ്ട് ഹക്ക തവക്കല് പോലുണ്ട് ഹക്ക് തവക്കുലാക്കിയാൽ റോസിത്തും നിങ്ങൾക്ക് നൽകപ്പെടും കമാറുസക്കു തൈറോ പക്ഷികൾക്ക് നൽകപ്പെടും പോലെ അപ്പോ പക്ഷികൾ ഇങ്ങനെ ഒരുണ്ട മാത്രം ഇങ്ങനെ കൊടുക്കില്ല അത് തശ്മീർ എന്തെന്നാ തശ്മീരിന്റെ 17, उता उता जाने जाने ോ പക്ഷി രാവിലെ പോകുന്നു കൈമാസൻ വാരി ഒട്ടിയിട്ട് പോകുന്നു തറോഹ വിത്താനൻ വൈകുന്നേരം തിരിച്ചു വരുന്നു ഗൾഫിലേക്കെല്ലാം പോകുമ്പോ എന്തായാലും തറോ ക്ഷിമാസനായിട്ട് അങ്ങോട്ട് പോകാൻ സർവോഹ വിധാനായിട്ട് മടങ്ങി വരുന്നു മറഞ്ഞല്ലോ സൗക്കിലാക്കി കിറങ്ങണം അതാ ആ ഒതുങ്ങും അതിനാസമബ് ഒരു പോക്കും ഒരു വരവുമുണ്ടല്ലോ ആ ഒതുങ്ങ് അത് അതിനാസമല്ലേ കൂട്ടി തന്നെ ഇരുന്നു അല്ലല്ലോ പറഞ്ഞു ഇന്നേക്ക് ഇന്നത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ലാതെ ഇറങ്ങി പോക്കിണ്ട അവിടെ തകുതു അത് കണ്ടില്ലേ വെച്ചിട്ട് ഇവിടെ പോയി അബോയപ്പില്ല വീട്ടിലേക്ക് പോയി അവരെ ഇറങ്ങി ഇറക്കാം എന്നിട്ടാണല്ലോ മൂന്നാളൊക്കെ നോക്കാനായിട്ട് നമുക്ക് അബോയ പിന്നെ വെറുപ്പുവാന്ന് പറഞ്ഞത് അതിന് പോക്ക് ഇന്ന വർഷങ്ങൾ നടക്കുന്നില്ല ഏത് സബപ്പ് എന്തിന്റെ സബബ് എന്തിന്റെ സബബ് എന്റെ ഏത് അള്ളാഹുവിന്റെ പേരിലാണോ നിങ്ങൾ സബ് ആ സബ്ബ് വാർത്തിയാ അള്ളാഹുവിന്റെ പേര് എന്തല്ല ആദിത്താവ് സബകിനോളം നോക്കൂഫല്ല അല്ല നിങ്ങൾക്ക് ആദിത്താവരമറിന് ആദിസാവ് സബബ് എന്നാണോ എന്നാ ആ കലാവ് ശരിയാണ് അള്ളാഹന്റെ പേരിനാണോ നിങ്ങൾ സബം പറയെങ്കിൽ ഈ സബബിന്റെ സ്ഥിതി എന്താണ് മുസ്ബിനെ കാണാൻ മുന്നോണം എന്നാണ് അപ്പൊ അള്ളാഹിന്റെ പേരിനേക്കാണോ അതിന്റെ പേര് മുന്തോണം എന്ന് വരും അപ്പൊ എന്തിന്റെ സബബ് ആദിത്തായ അമറിന് ആദിസായോ അത് വേണ്ടിവരും ചിലത് മരത്തുമ്പോ കായുണ്ടാവും ഒന്ന് കുരുക്കണല്ലോ ചിലപ്പോ ആ കുലുക്കൽ കൊണ്ടല്ലോ കായുണ്ടായിരുന്നത് ഉള്ള കായ് വരത്താൻ വേണ്ടൊരു കുരുക്കിലാണ് ബഹുദിയിലേക്ക് മറേണ്ടി റബിയുള്ള പൂർണ്ണ തതിരീതിയിലായിരുന്നു അവിടെ മെഹാബിലി തരി അലി ഇസ്ലാമിന്റെ മെഹദാബിലി പൂർണ്ണ തതിരീതിയിലായപ്പോൾ പുല്ലമാതകലാലിൽ മെഹദാബി വരേതായി അവിടുത്തെ കൃത്യ ചെയ്ത കൊണ്ടു പോകുന്ന തതിയിലായപ്പോ അല്ലെ ഗ്രൂപ്പെ കുറിച്ച് പ്രായം ലായ്മ എല്ലാം തസം ഗ്രൂപ്പിന്റെ പാപത്തിലേക്ക് ലേശറങ്ങിയപ്പോ വസിയിലേക്ക് അയച്ച പറഞ്ഞത് കുലുക്കുന്നവർ അവർ കുലുക്ക എന്നത് ഉണ്ടായി കുലുക്കിയതു കൊണ്ടെന്നുണ്ടായിട്ടില്ല ഉണ്ടാക്കപ്പെട്ടിട്ടില്ല ഉള്ളത് വന്നുചേരാനുണ്ടായിരുന്നു അതിനാ സമയം അപ്പൊ അത് ടവപ്പൊന്ന് മാണിയല്ല തതിരീനും മാനിയല്ല അന്നും അറിയപ്പെടാതെ തന്നെ തതിരീ തന്നെയായിരുന്നു ഇപ്പൊ മുജറത്തിന് രണ്ടു ഒന്ന് എവിടം കരി കെ സമറ്റ് വന്ദിക്കളഞ്ഞി മറ്റൊന്നിന് അതിനാ സമവെന്ന സമവുണ്ടാവും അത് മറ്റൊന്നോടെ സംബന്ധിച്ചിടത്തോളം മതിയാവില്ല മൂന്നാമത്തെ ഉണ്ടാകും സാധാരണ ആദ്യ സമൂഹത്തെ ഒന്നിക്കല് അത് അസൻ തവക്കൽ ഉണ്ടാക്കാതെ ഹക്ക തവക്കൽ ഉണ്ടാക്കി ഒന്നിക്കല് ഇത് അല്ലെങ്കിൽ രണ്ട് കുപ്പുമേ ഹക്ക തവക്കൽ അതിനാസംഭവം ഇതിനെല്ലാം എന്നുണ്ടല്ലോ തകതോ രാവിലെ പോതണ്ടല്ലോ പൊട്ടി തന്നെ ഇരിക്കുകയല്ല രാവിലെ പോകുന്നുണ്ടോ ആ കൊതുമ്പോൾ അതിജാ സംഭവം അതുകൊണ്ട് ഭക്ഷണത്തിന്റെ എന്തല്ലാത്തീറുന്നില്ലെങ്കിലും ഇറങ്ങി നോക്കാം ഭക്ഷണത്തിന്റെ വിശേഷത്തിൽ നല്ല അത്യാവശ്യം കാണിക്കുന്ന അത്യത്സാഹത്തിനും ഇല്ലാതെ നോക്കണം വണ്ടി വരൂ ജോലിയില്ലെങ്കിൽ മനുഷ്യന്റെ അനുപറ്റാൻ പറയും അപ്പൊ നല്ലോണം തവക്കിലാക്കണം ഹക്ക് തവക്കിലാക്കണം ചക്ക് തവക്കൽ അസൽ തവക്കൽഞ്ഞാൽ കിട്ടോളൊന്നും വിചാരിക്കില്ല ഹക്ക് തവക്കി കിട്ടാത്തത് അല്ലാന്റെ ഖസാനയിലുണ്ട് അപ്പോ മൗജൂദിനെക്കാണ് യുവതി ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന നേതേ അല്ലാതിന്റെ കസീത്തിരി ഇപ്പൊ തന്നതും ഇപ്പൊ ഉള്ളതും വരാതിരിക്കുന്നതും ഒന്നാൻ്റെ തന്നതും അപ്പൊ ഉള്ളതുപോലെ തന്നെ വരാൻ പോകുന്നതിൽ യുവതില് വിശ്വാസം അത് ചെറുപ്പത്തിന് അള്ളാവിന്റെ കൊറേ സിഫാത്തുകൾ സംബന്ധിച്ച് എനിക്ക് സോദുണ്ടായാലേ നടക്കുള്ളൂ അള്ളാഹുവിന്റെ നാല് സിഫാതില്ലേ അപ്പം നമ്മൾ ക്ലാസ്സിൽ വീതിട്ട് ഇപ്പാ പക്ഷെ ഉൾക്കൊണ്ടായിട്ടുള്ള മനസ്സിലാക്കുന്നു സാറാ എന്നോട് ചോദിക്കുന്നത് പിന്നെ ടൗക്കല് ചെല്ലാം പറഞ്ഞില്ല ഞങ്ങളെ അല്ല ഞാനിപ്പോ ഒരു മതത്തെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം പള്ളി നിൽക്കുന്ന ആ രണ്ടായിരം ശമ്പളം കിട്ടും ങ്ങളോടും വിരോധിച്ചിട്ടുണ്ട് ഇതിഹാരി കസ്റത്തെ സ്വന്തതയും ഒരു ഒത്തിന്റെ കസ്തം സൂക്ഷിച്ചി വിരോധിച്ചിട്ടുണ്ട് എത്ര വന്നില്ലേ നോമ്പൊർക്കാൻ വേണ്ടി സൂക്ഷിച്ചു അസീമത്തിന്റെ അനിവാര്യണ്ടോ പറയുന്നു വലിയൊരു ഫീഫും ഇബ്രാമെന്നൊക്കെയുള്ള അതിനും കൂടി യാത്രയിലെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിലും വെച്ചിരിക്കുമ്പോൾ ഒരു യാചകം വന്നത് ഞാൻ പകലെന്തിയോളം അലക്കീറ്റി വേദി കൊണ്ടിട്ട് അലക്കീറ്റാ വരുന്നത് ഉച്ചക്ക് ചോറും വെയ്ച്ചിട്ട് വല്ലാണ്ട് തെയ്ച്ചു യാത്ര ചെയ്തിട്ടാ വരുന്ന കെട്ടും മാറാപ്പിൻ്റെ ഇട്ടിട്ട് അതുകൊണ്ട് കൊണ്ടാ എനിക്ക് ഭക്ഷണം കൊണ്ടാകുന്നതാണ് ഇവരാ അദ്ദേഹം തോന്നിയെന്നാല് നീ ദേശം വീച്ചു അയാൾ എന്താക്കി ദേശം വൈച്ച് വൃത്തിയാക്കിയിട്ട് പാത്രം കേരളം എല്ലാം ഇന്ന് നന്ന മറിയാം രണ്ടും നമ്മൾ തോറുപോയി അപ്പൊ മറ്റോ ഏത്തരാത് എല്ലാം നോമ്പൊർത്താൻ വേണ്ടി തിഹാർ ആദ്യം നമ്മക്കമ്മി കുറച്ച് എടുത്ത് വെച്ചാൽ എന്താ അമ്മ ജയിച്ചു കൊടുക്കാൻ പറഞ്ഞു അമ്മ പറഞ്ഞാൽ നിങ്ങളെ ഫീൽഡ് വേറെ എന്റെ ഫീൽഡിൽ വേറെ അതാണ് നമ്മളോട് വെക്കാത്തത് ഞമ്മക്കള്ളൊക്കെ അതുകൊണ്ട് തൂന്നിട്ട് നോമ്പോക്കിനാണ് അല്ല നടക്കാക്കിയത് നമ്മക്കവിടെ ബാക്കി വെക്കുമല്ലോ എവിടെ വേറെ ആമ കൊണ്ടാണല്ലാം കണക്കാക്കി അത് വരുമല്ലോ നിങ്ങൾ കാലാക്കുന്നത് അടുത്ത അടുത്ത ഭക്ഷണം എടുക്കുന്ന അമ്മോണിക്ക് നോമ്പൂ കുറച്ച് നിന്നിട്ട് നിൽക്കിച്ച് അമ്മ ജമ്മാറ്റ നിൽക്കിച്ച് ചെലവ് കൂട്ടുന്നൊക്കെ എടുത്ത് അളവിൽ ഒറ്റ ഭക്ഷണം വരും അതാർത്ഥം ഇതാ അത് ഞമ്മക്കുള്ള അലയ്ക്കാൻ നല്ല നടക്കിയത് ഓന്നു ശരി തന്നെ ഞമ്മക്ക് നടത്താക്കിയില്ല ഇതേക്കാം അപ്പൊടെ കുറച്ചാണ് അബ്ദുൾ അബാസിന്റെ സദർ അനേസില ഭക്ഷണം നോക്കല സെറ്റടക്കം തിന്നാൻ വയം വയ്ക്കാനുള്ള കാര്യത്തിനെല്ലാം കെട്ടാക്കിയിട്ട് വന്നു ഇല്ല ഒന്നാമത് ഇത് നന്നിസ് കീ നാലും സെറ്റിയിൽ കൂടിപ്പോയി മറ്റോ അതിനേക്കാണെങ്കിൽ അമിതമായ തൂക്കിലേക്ക് ഓന്നു വെക്കിയിരുന്നു ആ ഉണ്ടാക്കുന്നത് ഇതിലാണോ തങ്ങളുടെ വക്കുന്ന നൂറ് പഠിക്കട്ടിയത് അത് വേറെ പഠിപ്പിച്ചോട്ട് തന്നിട്ടില്ല ഒക്കെ കൂടുതലല്ല എവിടെ ചൂറൂട്ടാണ് അത് നമുക്ക് കിട്ടിയില്ലോണ്ടാക്കിയത് ഹോട്ടലോടെ എല്ലോട്ടോകും മറന്നുകയല്ല എവിടെ ചൂറൂട്ടില് നോക്കുമ്പോ ഒരാള് പോയിഞ്ഞുണ്ടെന്ന് ചോദി പോയി നല്ല കൂട്ടാൻ ഭക്ഷണം ഏ ഉസ്താദും പറഞ്ഞോട്ടേന്നുണ്ട് ഒന്ന് കൈ കൂട്ടിയിട്ട് പോയിട്ടു അയാള് ഉണ്ടാക്കിട്ട് നന്ന അനുപറ്റം ചിന്തിക്കരുത് ഞാൻ പറയാ പട്ടിക്കാറ്റ് പഠിക്കുമ്പോൾ മമ്മക്കില്ലെന്ന് നോക്കിയേ കാരണം നമുക്ക് ചാരിന പൈസ ഇരുമാർ പറയുമ്പോൾ ഉപ്പും കിട്ടാൻ ഇല്ല ഉപ്പാൻ്റെ അവിടെ ഞാനെന്തെങ്കിലും അശ്വരോടോ നീ ഇന്നേരം പഴുപ്പ് കൊടുക്കണ്ട അത് ഉപ്പാന്ന് അങ്ങോട്ട് കൊടുക്കേണ്ട സമയം എനിക്കും അള്ളാഹ് ലേഖലാ നമ്മൾ നല്ല കൊസ് ആയിട്ട് കഴിയത് കൊണ്ട് ബാക്കി ഇല്ലാണ്ട് കടങ്ങുകഴിഞ്ഞാൽ നമ്മക്ക് കടന്നു കൊടുക്കരുത് അങ്ങനത്തെ കൊസ് നന്നാക്കിയത് ഇതിന് പത്ത് റുപ്യ കൊടുത്തു കേട്ടോ എനിക്ക് തിരുമാനം കുളിക്കാൻ പേശ് വ്യാഴാഴ്ച സോപ്പ് വാങ്ങണം സോപ്പ് വാങ്ങാൻ വേണ്ടി പൈസയിലേക്ക് വരുന്നു അപ്പൊ പത്ത് റുപ്പ്യ കൊടുത്ത ചങ്ങാനാണ് ഞാൻ എന്റെ ന്യൂസ് പോകുന്ന നീ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അഞ്ചു റുപ്യ എനിക്ക് തിരിച്ചു തരുകയാണെങ്കിൽ എനിക്കൊരു മകാരം ഉണ്ടായിരുന്നു എനിക്ക് സോപ്പും കൂടെ മകനെ തിരുമാനാളെ പേജിലായി അയാൾ കേമിലില്ല ഞാനും കരുതലുണ്ട് അപ്പോൾ ഞാനത് കൊണ്ടുനോക്കി ബാഗരവിന് ഞാസീനല്ലോ അതിന് ചെല്ലിപ്പോ അതിന് നടന്നുകൊണ്ടിരിക്കുമ്പോണ്ട് അയാളത്തിന്റെ ഗീതി അരി നിൽക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി കുട്ടി എന്തായിരിക്കുന്നുണ്ട് എനിക്ക് നൂല് വന്നിരിക്കാനുണ്ട് എന്റെ മോന്റെ മുകളിലുള്ള ആശുപത്രി അഡ്മിറ്റാക്കി വെച്ച് ഇതെല്ലോ സോക്കാടാന്നും ഇതെല്ലോ ആണെന്ന് ചെയ്താൽ എപ്പോ തോന്നുന്നുണ്ട് നൂല് വന്നിരിക്കാനായി അത് നൂലധിക്കാൻ പറ്റിയതാളാ അയാൾ കൊണ്ടു കൊണ്ട് എന്റെ തൊണ്ണി ഞാൻ വാങ്ങി ഞാൻ ചെല്ലിയ ഊതി എല്ലാം ചിന്തിക്കണം വന്നിട്ട് കള്ളാസിലായി കൊടുത്തിട്ട് പക്ഷെ ദൈവത്തിന് ശിപ കൊടുക്കണം നാളെ ഇസ്ലാമിനെ ഭയങ്കര ഇഷ്ടത്തിന്റെ കാണണ്ടേ എന്തുവാൻ ഞാളുണ്ട് കാലങ്കില് കള്ളാത്തിൽ കൊണ്ടൊരു ദക്ഷിണ കൊഞ്ഞരെയുള്ള ദേവ സ്വീകരിക്കണമല്ലോ അല്ല അതെന്താ കാണിക്കയാണ് ദേവന് സ്വീകരിക്കണം ൂ മതി ചില മാറിപത്തഞ്ച് എനിക്കൊരു മാസം കിട്ടുന്ന ചിലവായി മാറ്റുകൊണ്ട് അഞ്ചിനെ കാണാം ജനം എന്ത് എന്നിട്ട് ജന്മ വന്നവരാണ് ഇതെന്റെ ജീവിതം പല സൗകര്യം മാറി പിന്നോട് എന്തോ ഒരു ബഹുമാനം എന്തറിയാണോ എവിടെയെങ്കിലും തെറ്റിന് നിരക്കിലെല്ലാം കണ്ടാൽ ഉടനെ ബസ്സിൽ സീറ്റ് ഉണ്ടാക്കിത്തരൂ ആരെങ്കിലും ക്ഷണിപ്പിച്ചിട്ടെങ്കിൽ തീറ്റ് തരൂ അതൊക്കെ കാണാൻ വരൂ ചിലപ്പോൾ പാചക വലിയ ഓർമ്മനോട് കൂടി നോക്കണം അപ്പൊ കുറച്ചെല്ലാം മുസ്തുക്കം യക്കീലെല്ലാം വേണം നന്നാണ് ഈ കടയിൽ ചേർന്നാവില്ല ഉൾപ്പെട്ടെ പോട്ടെ ആം വിരാ തീർച്ച ആ ദേഹത്തെ പറഞ്ഞതല്ലേ തങ്ങൾ പറഞ്ഞു ഇരാ സുൽത്ത അതോട് അബോഹയിലെ അല്ല വിരാ നിന്നോട് ചോദിക്കപ്പെട്ട ഫല തന്നെ മുടക്കണ്ട വൈദീത്ത ഇതിലേക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉറപ്പിച്ചു വെക്കുകയും വേണ്ടെന്ന് തോന്നുന്നു എന്നാ പിന്നെ തങ്ങൾ ചേർ സംഭവം ചെയ്തിട്ടുണ്ടല്ലോ നേട്ടമല്ല കണ്ടതും എല്ലാ അക്രാവത്തിലും അങ്ങനെയായിരുന്നു You know, ോ അസീമത്തിന് മാത്രം തങ്ങളുടെ പ്രവർത്തന അസീമത്തിലായിരുന്നു റുസക്ക് മാത്രം കാണിക്കണല്ലോ ഉമ്മത്തിന്റെ ദ്വാൾ ഉണ്ടാവുക ഈ കുറഞ്ഞ ആളുകൾ അവർക്ക് പഠിപ്പിക്കാനും വേണ്ടി എന്തുവരെ സമാന തർക്കി അത് ഇദ്ഖാല് ഒഴിവാക്കിയതോ അക്ബി അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതങ്ങനെയാണെന്ന് ആര് പറഞ്ഞു ഹാസ്ബമാക്കർ ഇന്ന അബുഹാമദാദി റോയ്യാർ പറഞ്ഞിട്ടുണ്ട് അപ്രകാരം തങ്ങൾ രണ്ട് പ്രവൃത്തിയും കാണാം ഒരു ഭാഗത്ത് വറായി കാണാം മറ്റുള്ളവർക്ക് ഇബാഹത്തും കാണാം ഇബാഹത്തേതായി അല്ലെ അയ്യാൻ വേണ്ടി ഇത്തിഹാർ ചെയ്യല് അതുപോലെ അഹ് വായന പഠിപ്പിക്കാനും ഏതെങ്കിലേക്ക് നോക്കിട്ട് അക് വ്യായുദ് കൂത്ത് തങ്ങൾ ചെയ്തുന്നുണ്ടല്ലോ അത് വിവാഹത്തിന് വയാനാണ് ഇല്ല നിന്നാണ് അത് വറവുമാണ് വശഹ് തരീഫിന്റെ ആരും ഏത് പിടിക്കണം വറായിന്റെ ഭാഗം പിടിക്കണം അഹതും മൊറൈന്റെ ഭാഗത്ത് പിടിക്കണമെന്നാണ് അല്ലാത്ത പിടിക്കേണ്ടത് അല്ല തീലബിൽ അമരബിഹ അതുകൊണ്ടുള്ള അമൽ തങ്ങളുടെ അമരണ്ടല്ലോ അതിലേക്കല്ല ക്ഷണിച്ചത് റൊക്സയിലേക്കല്ല അമൽ ക്ഷണിക്കുന്നത് എങ്ങനെയുള്ള റഹസ് അല്ലതീലം ജുന്തൽ അമര ആ റൊക്സ കൊണ്ട് അമൽ ചെയ്യണമെന്ന് ഉണ്ടാക്കിയിട്ടില്ല ക്ഷണിക്കപ്പെട്ടാത്ത റൊസ്സ പിടിക്കാൻ പാടില്ല അപ്പൊ ക്ഷണിക്കപ്പെട്ടാലോ ഏതായാലും പറയാം സർബലം എന്താണെന്ന്